പാവനമചിന്യൈഭവം നന്മഹേം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ व्याप्त ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്വ്യാതദേഹാ ദക്ഷിണമൂർത്തരി ഓന്ത കരശം നമഗോത്രം നൂത്രം ോ ജാതിർ പുഷോപുസം നീ നൈ കാരം നമരണം നാപം തന്നോ തഹജ സമരസം സദ്ഗുരു തം നമു സദാശിവസമാരംഭാര്യമധ്യമാ അസ്മദാര്യപര്യ വേ ഗുരുപരം പരാളവ്യഖ്യ പ്രകടത്തുവാന വർഷിഷ്ടാസദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ട ആചാര്യേന്ദ്രം കലകളിത ചിദ്രമാനന്ദമൂർത്തി स्वात्मारामं സ്വാത്മാമു വക്ഷിമൂർമീടേ വേദന്ഭാസകാ യന്യ സദിഗേന്ദ്രസംഗവേ യോഗീന്ദ്രവ്യ भगवत्पादाभितां ബിഭ്രേ തസ്മൈ ഭാഷ്യമോസ്തു സൂർണ്യ ബോധാത്മനി അപാരസിത്സുക്കരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണ ഗീരം ചിന് വിഹീനം ഹൃദ ചിന്തയാ േഹം മൃണ്മയവജ്ജടാത്മകമഹം ബുദ്ധിർന്നോ നാഹം തീസമയ സിദ്ധാത്മസദ്ഭാവത ഭാവയുത്ു വരധിയ ദൃഷ്ടനി സോഹം സ്ഫൂർത്തിതയാരുണാചലശശവൂർണോ വിഭാതി സ്വയം കരുണ പൂർണ്ണസുധബ്ധേ കപളിതഘനവിശ്വ കിരണാവലിയ അരുണാചല പരമാത്മൻ അരുണോബവിത്തു വികസ രുചലസർ ഭൂ സ്ഥിവാ പ്രലീനമേതം ഹൃദ്യഹിത്മതയാ നൃത്യ ഭോസ്തത്തെ വ ഹൃദയം നാമ അഹമിതി കൂത ആയാതീന്ഷ്യവിഷ്ടയാമലധിയ അവഗമ്യ സ്വപം ശാമ്യരുണാചലി നീവാബ്ധൗ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാത്തയന് പശ്യതി യോഗീതീധിതി മരുണാചലി മഹീയം തേ ത്വ്യർപ്പതമനസം പശ്യൻ സർവമായാ സതകം ഭജത്തെ അനന്യീ സജയത്രുണാചല ി സുഖേ മഗ്ന ശോണപ്രഭം സോമകലാവതം സമ്പസ്ഫുര പഞ്ചശലേക്ഷുചാ പ്രാണപ്രിയം നോമി പിന്നകേക്കോണത്രയസ്തും കൂലദൈവതം നഹ് വിശ്യ മമവാചമാസുപ്ജീവയത്കിലധരസ്വധ്യംശഹസ്തരണവണത്വാദീൻപാണോ ഭഗവത്തെ പുരുഷാത്തുഭ്യം ഹരി ഓ പ്രതിബോധിതായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃവർഷിണവധ്യം ധാ ഭഗവ नमोस्तुते व्यास बुद्धे ീതനീ നമോസ്തു വ്യാസവിശാലുദ്ധേ ഫുല്ലേത്രയാ ഭാരതൈലപൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ്രപന്നിജേത്രൈകാണേ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേനോപനിഷദോ ഗാവോ ദോപനന്ദന പാർ വത്സീർഭോക് ദുഗം ഗീതമൃതം മഹത് വസുദേവസുത देवं। ചാണൂരമർദന ീ പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു ഭീഷ്മദ്രോണതാ ജയദ്രഥജലാ ഗാന്ധാരനീലോത്പ്പലാ ശല്യവതീ കണ വഹനി കർേന വേളകുലാ അശ്വത്ഥമവികർണഘോരമകാ ദുര്യോധനവർത്തി പണ്ടവൈരണനദീ കൈവർത്ത പാരാശര്യവരോജമലം ഗീതന്ധോത്കടം നഖ്യാനകേസരം ഹരികഥ സോധനബോധം ലോകേ സജ്ജനഷ്പദൈരഹര പേപീയമാനം മുദയാ ഭാരതപങ്കജം കലിമല പ്രധ്വംസിന് ശ്രേയസേ മൂക്കം കോതി വാചാള പങ്കും ലംഘയത്തെ ഗിരികൃതമഹം വന്ദേ പരമാനന്ദമാധവം രുണേന്ദ്രരുദ്രമരുത സ്തുവ്യൈ സ്തൈ വേദസ്രമോപനിഷദൈ ഗായ ധ്യനസ്ഗത പശ്യം യോഗിനോ യം നദുസുരാഗണ പാർത്തസാരഥി ശ്രാവി ശുഭിര പാർത്തസ്യർത്തിഹരോ ദൂർത്തി സാതുനരിോ ശ്രീമദ്ഭഗവത്ഗീതയില ഒമ്പത് അധ്യായങ്ങൾ നമ്മളിവിടെ അനുസന്ധാനം ചെയ്ത് കഴിഞ്ഞു ഒമ്പത് അധ്യായങ്ങളുടെ പ്രഭാഷണം ഇവിടെ കഴിഞ്ഞു പത്തധ്യായത്തിൻ്റെ കഴിഞ്ഞു എന്നുവെച്ചാൽ രണ്ടാമത്തത് തൊട്ട് പത്താമത്തെ അധ്യായം വരെ ഒന്നാമത്തത് നമ്മൾ കാര്യമായിട്ട് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് മാത്രമേ നോക്കിയുള്ളൂ അപ്പോൾ പത്താമധ്യായം ഭഗവാൻ അർജുനന് വിഭൂതി വിഭൂതിയോഗം എന്നാണ് പത്താം അധ്യായത്തിന് പേര് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പ് ഇന്നലെ കണ്ടതേ ഓർമ്മയുണ്ടാവില്ല ഗതം ഗതം സർവം ഉപേക്ഷണീയം മറന്നുപോയിട്ടോ അപ്പോ വിഭൂതി വിഭൂതിയോഗം കഴിഞ്ഞ പ്രാവശ്യം പത്താം അധ്യായത്തിലെ ഭഗവാൻ വിഭൂതിയാണ് പറഞ്ഞത് വിഭൂതി എന്ന് വെച്ചാൽ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ സ്വരൂപമാണ് ഭഗവാനല്ലാത്ത ഒന്നുമില്ല പക്ഷെ അങ്ങനെയാണെങ്കിലും ചില ചില വസ്തുക്കളിൽ ചില വ്യക്തികളില് ചില ശബ്ദങ്ങളില് ഈശ്വരത്വം കൂടുതൽ പ്രകാശിക്കണം ആ പ്രകാശിക്കുന്നതിനെ നമ്മൾ വിഭൂതി ഭഗവാന്റെ വിഭൂതി എന്ന് പറയുന്നു ഇതിപ്പോൾ ഭഗവത്ഗീതയിൽ കുറെ വിഭൂതി പറഞ്ഞു വാസ്തവത്തിൽ ഒരു വിഭൂതിയേ ഉള്ളൂ വിഭൂതിയോഗം ആരംഭിക്കുമ്പോഴേ വിഭൂതിയകളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കൃഷ്ണൻ പറഞ്ഞു അഹം ആത്മാഗുഢാകേശ സർവഭൂതാശയ സ്ഥിതഹം അഹം ആദിശ്ച മധ്യം ചൂതാനാം അന്തയേവച് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ കൺഫ്യൂഷനാണ് അഹം ആത്മാഗുഢാകേശ ഞാൻ എല്ലാവരുടെയും ഹൃദയത്തില് ആത്മാവായിട്ട് ബോധമായിട്ട് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ എന്നുള്ള സ്ഫുരണ രൂപത്തില് പ്രകാശിക്കണം ഇതാണ് ഏറ്റവും വലിയ വിഭൂതി ആത്മ എല്ലാവരിലുമുണ്ട് ആത്മാ ഇല്ലാത്ത സ്ഥലമില്ല ആത്മാ എല്ലാത്തിലുമുണ്ട് പക്ഷേ ചില സ്ഥലത്ത് ആത്മപ്രകാശം കൂടുതൽ വെളിപ്പെടുമ്പോ അവിടെ ഈശ്വരനെ കാണാൻ ഒന്ന് എളുപ്പം അതുകൊണ്ട് അതിലൊക്കെ അതിലും ഭഗവാന്റെ വിഭൂതി എന്ന് പറഞ്ഞിട്ടാണ് ധാരാളം വർണ്ണിച്ചത് പത്താം അധ്യായത്തിൽ ഇനി പതിനൊന്നാമത്തെ അധ്യായം നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോണത് വിശ്വരൂപ ദർശനമാണ് എന്താണ് വിശ്വരൂപ ദർശനം ഒരു അധ്യാത്മ യോഗ സമ്പ്രദായം മനസ്സിലായിട്ടില്ലെങ്കിൽ വിശ്വരൂപ ദർശനം വെറും ഒരു പുരാണം പോലെ തോന്നും ഒരു ജീവന്റെ അധ്യാത്മ യാത്രയെ അല്പമൊന്ന് വിചാരം നോക്കണം എന്നാൽ ഈ വിശ്വരൂപ ദർശനം എന്താണെന്ന് മനസ്സിലാവും ആദ്യമായിട്ട് വേദാന്തികൾ തന്നെ ആദ്യം പറയണത് ജീവനുണ്ടാവുന്ന ആരംഭ പടി അധ്യാത്മ മാർഗത്തിൽ ആരംഭം ശുഭേച്ഛ എന്നാണ് അതായത് ലോക ജീവിതത്തിൽ സാധാരണമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ കുറെ ദുഃഖമൊക്കെ അനുഭവിക്കണം ഈ ദുഃഖം അനുഭവിച്ചനുഭവിച്ച് മടുത്തു ഈ ലോകം അനിത്യമാണ് എന്ന് തോന്നി ഇതാണ് ആദ്യത്തെ ആ ദുഃഖം അനുഭവിച്ചനുഭവിച്ച് ദുഃഖ ദുഃഖിപ്പിക്കണ വസ്തുക്കളോടുള്ള ആസക്തി ഇങ്ങോട്ട് വിട്ടു ദുഃഖം ഉണ്ടാവാൻ കാരണം നമ്മളെ ദുഃഖിപ്പിക്കുന്ന വസ്തുക്കളോടുള്ള പ്രേമമാണ് സാധാരണ നമുക്ക് വിപരി ഒരു വിരോധാഭാസ അതാണ് നമ്മളെ ഏതൊക്കെ വിഷയങ്ങൾ ദുഃഖിപ്പിക്കുക അതിനോടൊക്കെ നമുക്ക് പ്രേമമുണ്ട് നമ്മൾ അതിനെ കയറി പിടിക്കും പിന്നെ അത് നമ്മളെ പിടിക്കും ഒരു കഥ പറയും ഒരാള് നദീതീരത്തിൽ നിൽക്കുക അപ്പൊ പുഴയിലൊരു കമ്പിളി ഇങ്ങനെ ഒഴുകിപ്പോണം അപ്പൊ ഇയാള് ഇത് കണ്ടപ്പോ നല്ല കമ്പിളി തണുപ്പ് ഉണ്ട് എടുത്താൽ ഉപയോഗപ്പെടും ആളുകളൊക്കെ നോക്കി നിൽക്കേണ്ടതെന്നല്ലാതെ ആരും വെള്ളത്തിലിറങ്ങി ആ കമ്പിളി എടുക്കണില്ല ഇയാൾ എടുത്ത് ചാടി പുഴയിൽ എല്ലാവരുടെ മുമ്പിലും ഒന്ന് ആളാവാൻ വേണ്ടിയിട്ട് ചാടി നീന്തി പോയിട്ട് ആ കമ്പിളിയിൽ പിടിച്ചു പിടിച്ച ഉടനെ മുങ്ങാൻ തുടങ്ങി വെള്ളത്തിൽ നെല്ലുവിളിക്കാൻ തുടങ്ങി ബഹളം കൂട്ടാൻ തുടങ്ങി കരക്ക് നിക്കണവര് പറഞ്ഞു ആ കമ്പിളിയെ വിട്ടിട്ട് വന്നൂടെ ഇപ്പൊ ഇയാള് പറഞ്ഞു ഞാൻ അപ്പഴേ കമ്പിളിയെ വിട്ടു അതിപ്പോ എന്നെ വിടണില്ല അത് കരടിയായിരുന്നു അത്രേ വെള്ളത്തിലെ മൂന്നും പോണ കരടി അതിനെ കയറി പിടിച്ചു പിന്നെ അതിങ്ങിട് പിടിച്ചു ഇതിന്നാണ് ഒരു ചൊല്ലുണ്ടായത് വിട്ടാലും വിടില്ല കമ്പിളിക്കട്ടം അങ്ങട് കയറി പിടിച്ചു പിന്നെ അതിങ്ങട് പിടിച്ചു ഇങ്ങട് പിടിച്ചാ വിടില്ല നമ്മളുടെ ഒക്കെ ദുഃഖത്തിനൊക്കെ മൂലകാരണം അതാണ് പലേ ഹാബിറ്റുകളും പലേ സ്വഭാവവും നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തു ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സ്വഭാവത്തിന് നമ്മൾ അടിമപ്പെട്ടു പിന്നെ നമ്മൾ വിട്ടുപോവില്ല പിന്നെ എപ്പോ വിട്ടുപോകുമെന്ന് വെച്ചാൽ സാമാന്യം നല്ല വണ്ണം ദുഃഖിച്ച ശേഷം ദുഃഖം അനുഭവിച്ച ശേഷം ഈ ജീവന് ഒരു ഘട്ടത്തിൽ തോന്നും ജീവിതത്തിൽ സർവത്ര ദുഃഖം സുഖിക്കുമ്പോ ആരും ഈശ്വരന്റെ അടുത്ത് വരില്ല സുഖിക്കുമ്പോ ആരും ഈശ്വരഭജനത്തിനോ ഭഗവാന്റെ അടുത്തേക്കോ തിരിയില്ല അതാണ് ഉപനിഷത്ത് ഒരദ്ഭുതമായൊരു ചിത്രം വരച്ച് കാണിക്കുന്നത് ദ്വസുപൂർണയുജാ സഖാ സമാനം വൃക്ഷം പരിഷസ്വജാതെ തയോരന്യ പിലം സ്വാദ്വത്തി അനശ്നന്നയോ അഭിജാകശീതി സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ അനീഷയാ ശോചതി മുഹ്യമാന ജുഷ്ടം യ പശ്യന്യമീശം ത മഹിമാനമിതി വീതശോകുപർണ സുപർണ എന്ന് വെച്ചാൽ സുപർണ ഭാഗവതത്തിൽ ഈ ശ്ലോകം അല്പം വ്യത്യാസപ്പെടുത്തി വരും കൃതനീടൗ വൃക്ഷേ ഏക തയോ കാ പിപ്പലാന്നം ഒരു പിപ്പലവൃക്ഷത്തിൽ ഒരാലുവൃക്ഷത്തിൽ പക്ഷികൾ ഇരിക്കണോ എന്നാണ് പക്ഷികൾ ഈ രണ്ട് പക്ഷികളും പെണഞ്ഞു ചേർന്നിരിക്കുക സുവർണ നിറം രണ്ടിനും ഗോൾഡൻ കളർ സ്വർണവർണത്തിൽ രണ്ട് പക്ഷികൾ ആ രണ്ട് പക്ഷികളും സുവർണ ഐക്യം ചേർന്നിരിക്കുന്നു ക്രമേണ അതിൽ നിന്നും ഒരു പക്ഷി വേറു പിരിയാൻ കാരണം എന്താന്ന് വെച്ചാൽ പതുക്കെ കൊക്ക് നീട്ടിയിട്ട് അടുത്തുള്ളൊരു പഴം കടിച്ചു പഴം തിന്നപ്പോ ആ ഒരു മധുരമുണ്ട് എന്ന് തോന്നി മധുരം ഉണ്ടെന്ന് തോന്നിയതും ഒരു പഴം കൂടെ കടിക്കാനായിട്ട് മറ്റേ പക്ഷിയെ വിട്ട് നീങ്ങി അപ്പൊ അല്പമൊന്ന് കറുത്തു ചെമ്പുപാത്രമൊക്കെ ക്ലാവ് പിടിക്കണ പോലെ കളർ ഒന്ന് ചേഞ്ചായി കുറച്ചുകൂടെ പഴം തിന്നാനായിട്ട് ചോട്ടിലേക്ക് ഇറങ്ങിയപ്പോ ഒന്നുകൂടെ കറുത്തു ക്രമേണ ചോട്ടിൽ ഇറങ്ങിയിറങ്ങി വരുന്നു മധുര പഴം കടിക്കാനായിട്ട് മധുരിക്കുന്ന പഴം തിന്നാനായി മേലെയുള്ള പക്ഷിയെ വിട്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങി വരുംതോറും ഇതിന്റെ സ്വർണവർണം പോയി കറുത്ത് കറുത്ത് കറുത്ത് കറുത്ത് വന്നു ചുവട്ടിലെത്തിയപ്പോ കറുത്തുപോയി പക്ഷി അത് സ്വർണവർണമാണെന്ന് തന്നെ അറിയില്ല വെറും കരുമാണ്ടി പക്ഷിയായി അതില് സ്വർണ്ണമുണ്ടെന്നറിയില്ല നമ്മുടെ തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ഇത്രകാലം സ്വർണമാണെന്ന് അറിഞ്ഞിരുന്നില്ല കറുത്തിരുന്നു ആരോ എന്തിനോ വേണ്ടി തുടച്ചപ്പോ ഓരോ ഭാഗമായിട്ട് സ്വർണം കാണാൻ തുടങ്ങി അപ്പൊ നിങ്ങൾ പോയിട്ടുണ്ടെങ്കി അറിയാം പഴയ അനന്തപത്മനാഭസ്വാമി ഒന്നുമല്ല അപ്പൊ വെയ്റ്റ് കൂടി കാവൽക്കാരൊക്കെ വേണം കാണാൻ ആളുകളുടെ തിരക്കും കൂടി എന്താന്ന് വെച്ചാൽ കറുത്തിരുന്ന ആള് അല്പൽപ്പം തുടച്ചപ്പോ സ്വർണ്ണ കളർ വന്നു തുടക്കി ഇപ്പോ പൂർണ്ണമായിട്ട് സ്വർണ്ണമാണെന്നാണ് പറയണത് ഇനിയും തുടയ്ക്കാൻ ബാക്കിയുണ്ട് മുഴുവൻ സ്വർണ്ണമാണെന്നാണ് പല ഭാഗങ്ങളിൽ സ്വർണ്ണമായിട്ടിങ്ങനെ ജ്വലിക്കാം ഇപ്പൊ ഇരുട്ടിൽ നല്ല വണ്ണം കാണാം അനന്തപത്മനാഭസ്വാമിയെ മുമ്പ് നോക്കിയപ്പോ വെറും കൽപ്രതിമയായിരുന്നു അതുപോലെ ഈ പക്ഷിയും കറുത്തുവന്ന പക്ഷി പഴം തിന്നാനുള്ള കൊതി കാരണം ചോട്ടിൽ ഇറങ്ങിയിറങ്ങി വന്ന പക്ഷി കറുത്തു കുറച്ചു കഴിഞ്ഞപ്പോ ഈ മതിരിക്കുന്ന പഴം കിട്ടണത് നിന്നു കടിക്കുന്ന പഴങ്ങളൊക്കെ പുളിക്കാൻ തുടങ്ങി കടിക്കുന്ന പഴമൊക്കെ പൊളിക്കാൻ തുടങ്ങിയപ്പോ ഈ പക്ഷിക്ക് വെറുപ്പ് തോന്നി എത്രയോ പഴം കടിച്ചാലും പുളിക്കുന്നു കടിക്കുന്ന പഴമൊക്കെ പൊളിച്ചപ്പോ പതുക്കെ മേലേക്കൊന്ന് നോക്കിയത്രയും മേലെയുള്ള പക്ഷിയിലേക്ക് ഒന്ന് നോക്കി നോക്കിയപ്പോ ബലേന ഭൂയാൻ ദുഷ്ടം യഥാ പശ്യത്തി അന്യം ഈശം മറ്റേ പക്ഷിയെകൾ നോക്കിയപ്പോ ആ പക്ഷി അങ്ങനെ ഗംഭീരമായിട്ട് പുളിക്കുന്ന പഴവും തിന്നണില്ല മധുരിക്കുന്ന പഴവും തിന്നണില്ല പ്രശാന്തമായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ പതുക്കെ ആ പക്ഷിയുടെ അടുത്തേക്കൊന്ന് നീങ്ങി നീങ്ങിയപ്പേണ്ടതാ നീങ്ങണ വഴി തന്നെ ഒരു പഴം ആ പഴം ഒന്ന് കടിച്ചപ്പോ മധുരിക്കണം അപ്പൊ പിന്നെയും മേലെയുള്ള പക്ഷിയെ മറന്നു മറന്നു ഇനിയും മധുരിക്കുന്ന പഴം കിട്ടും എന്ന് വിചാരിച്ച് രണ്ടു മൂന്ന് മധുരിക്കുന്ന പഴം കിട്ടി പിന്നെയും ഒന്ന് കടിച്ചപ്പോ പിന്നെയും ഒന്ന് പുളിച്ചു പൊളിച്ചപ്പോ പിന്നെയും ഒന്ന് മേപ്പട്ട് നോക്കി മേപ്പട്ട് നോക്കിയപ്പോ മേലെ ആ പക്ഷി അത് ആ പിന്നെയും അതിന്റെ അടുത്തേക്ക് അടുത്തു പുളിക്കുന്ന പഴം കടിക്കുമ്പോഴൊക്കെ മേപ്പിട്ട് നോക്കും മതിരിക്കുന്ന പഴം കഴിക്കുമ്പോഴൊക്കെ കീഴ്പെട്ട് നോക്കും അവസാനം ഈ പക്ഷിക്ക് പുളിക്കുന്ന പഴങ്ങളുടെ സഹായത്തോടുകൂടെ മേലെ മേലെ മേലെ മേലെ പോയി എന്നിട്ട് മേലെയുള്ള ആ പക്ഷിയുമായിട്ട് ഐക്യമായി എന്നാണ് സ്വർണ്ണവർണത്തിൽ ജ്വലിക്കാൻ തുടങ്ങി മേലെയുള്ള പക്ഷിയുടെ അടുത്ത് പോകും തോറും ഈ കീഴുള്ള പക്ഷിയുടെ നിറം മാറി മാറി മാറി മാറി വരണം ജ്വലിച്ചുകൊണ്ടേ വരണം മേലെയുള്ള പക്ഷിയുടെ അടുത്തെത്തിയപ്പോ രണ്ടും ഒന്ന് ഈ പക്ഷിക്ക് മനസ്സിലായി ഇത്രകാലം ഞാൻ കണ്ടുകൊണ്ടിരുന്ന മേലയിരുന്ന പക്ഷി മേലുണ്ടായിരുന്ന പക്ഷിയല്ല എന്റെ യഥാർത്ഥ സ്വരൂപമാണ് എന്റെ തന്നെ ഉള്ളിലുള്ള കളർ അനന്തപത്മനാഭസ്വാമിയെ കറുത്ത കല്ലായിട്ട് കണ്ടുകൊണ്ടിരുന്നവർക്ക് അത് സ്വർണമാണെന്നേ അറിയില്ല പക്ഷേ ഇത് പണ്ട് സ്വർണത്തിലായിരുന്നു അത് ഇടയ്ക്ക് ആക്രമണമൊക്കെ വന്നപ്പോ ആളുകളെ ആക്രമിച്ച് ഇതൊക്കെ തല്ലി തകർത്തുകൊണ്ടിരുന്നു സ്വർണം എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ തകർത്തുകൊണ്ടിരുന്നു അപ്പൊ അവരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് അതിൽ കറുത്ത ചായം പൂശിയതേ അപ്പൊ ആ കാലത്ത് ആ സ്വർണവർണത്തിലുള്ളതിന്റെ ഒരു ഫോട്ടോ പിടിച്ച് അവിടെ വെച്ചിരുന്നുവെങ്കിൽ ഇത് രണ്ടും ഒന്നാണെന്നേ അറിയില്ല തുടക്കംതോറും അതിന്റെ സാമ്യത വന്നുകൊണ്ടേയിരിക്കും മുഴുവൻ തുടച്ചാൽ അത് ഇത് അതുപോലെ ഈ ജീവൻ ഈ പക്ഷി എന്ന് വെച്ചാൽ നമ്മളൊക്കെയാണ് നമ്മള് പരമപ്രശാന്തമായിരുന്നു നമ്മളുടെ സ്വരൂപം എന്ന് വേണ്ട ചെറിയ കുട്ടികളായിരിക്കുമ്പോ തന്നെ സന്തോഷം ആനന്ദം അവർക്ക് യാതൊരു പ്രശ്നമില്ല വലുതാവുന്തോറും ഈ മതിരിക്കുന്ന പഴം കടിക്കാനുള്ള ആശ കൊണ്ട് ഈ സന്തോഷത്തിനെ ഒക്കെ വിട്ട് അകന്നകന്നകന്നകന്നു പോവും എന്നിട്ട് എപ്പം തിരിച്ചു വരും ജീവിതത്തിൽ കുറെ പുളിക്കുന്ന പഴം കടിക്കുമ്പോ ദുഃഖമുണ്ടാവുമ്പോ തിരിച്ചു വരും മതി ലോകത്തിലുള്ള ഈ പഴം തന്നെയാണ് ഏർപ്പാട് മതി എന്നുവെച്ചാൽ ഈ സുഖത്തിനും ദുഃഖത്തിനും പുറകിൽ അലഞ്ഞു നടക്കുന്നത് അവസാനിപ്പിച്ച് ശാശ്വതമായ വസ്തു വല്ലതും ഉണ്ടോ ഈ വിചാരത്തിന്റെ രീതിയിലൊന്നും ആദ്യം വരണത് ആധ്യാത്മികമായ വിഷയങ്ങളിൽ അല്പം ഒരു രുചിയും ഉണ്ടായി തുടങ്ങും ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ശുഭേച്ഛ എന്ന് പറയണത് ലൗകികത്തിലും മതി ഇനി ആധ്യാത്മികമായിട്ടൊന്ന് പരിശ്രമിച്ചു നോക്കണം അപ്പൊ ശുദ്ധമൊന്നും ആവില്ല ജീവൻ പക്ഷെ നല്ലൊരു നിശ്ചയം ആദ്യമായിട്ടൊന്ന് നിശ്ചയിച്ചു ലൌകിക ജീവിതത്തിൽ ഇത്രകാലം അനുഭവിച്ചത് കൊണ്ട് വലിയ സുഖമൊന്നും കിട്ടിയില്ല പിന്നീ പരിപൂർണമായൊരു ശാന്തി കണ്ടെത്തണം എന്ന് നിഗൂഢമായ ഒരു നിശ്ചയം പുറമേക്കുള്ള നിശ്ചയമല്ല നിഗൂഢമായിട്ടൊന്ന് നിശ്ചയിച്ചു നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എവിടെയൊക്കെ പ്രഭാഷണമുണ്ടോ അമ്പലങ്ങളുണ്ടോ അവിടെയൊക്കെ അലഞ്ഞു നടക്കും ഇതാണ് സെക്കൻഡ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് ഈ മാർഗ്ഗത്തിൽ കടന്നു കഴിഞ്ഞാൽ പലരോടും ചോദിക്കുക പല ഗുരുക്കന്മാരുടെ കൂടെ നടക്കുക അമ്പലങ്ങളിൽ നടക്കുക അവിടെ ഇവിടെ ഒക്കെ കുറച്ചുകാലം അങ്ങനെയൊക്കെ നടക്കും പല സംശയങ്ങളും ഉണ്ടാവും എവിടെ പോയാലാണോ മനസ്സിനൊരു സമാധാനം കിട്ടുക നോക്കും ഇപ്പൊ ഇങ്ങനെയൊക്കെ സത്സംഗത്തിലിരിക്കുമ്പോഴോ ഭജന പാടുമ്പോഴോ അമ്പലത്തിൽ പോകുമ്പോഴോ അല്പ ശാന്തി പിന്നെയും കുറച്ചു കഴിഞ്ഞാൽ അത് പോകും ഇതാണ് ആദ്യത്തെ അവസ്ഥ ഈ ജീവനായിട്ടൊന്നും ചെയ്യില്ല പക്ഷെ സത്സംഗത്തിലൊക്കെ പോയി ഇരുന്നു ഒന്ന് സുഖിക്കും അമ്പലത്തിലൊക്കെ പോയിരുന്നു സുഖിക്കും നമുക്ക് നമ്മളൊക്കെ നമ്മളിൽ പലരും ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയായിരിക്കും ഇത് അല്ലെങ്കിൽ ചിലർ കടന്നു വന്ന അവസ്ഥയായിരിക്കും കുറച്ചു കഴിഞ്ഞാലാണ് ഈ ജീവന് തോന്നുക എനിക്ക് ഈശ്വര സാക്ഷാത്കാരം നേടണം അഥവാ ആത്മജ്ഞാനം നേടണം ആത്മസാക്ഷാത്കാരം നേടണം അല്ലെങ്കിൽ ആധ്യാത്മികമായി പുരോഗതി നേടണം എന്തെങ്കിലുമൊക്കെ വാക്ക് അവരവരുടെ അവസ്ഥയ്ക്കനുസരിച്ച് എന്നിട്ട് അവർക്ക് ആയിട്ട് ഒരു ഉപഗുരുവോ മുഖ്യഗുരുവോ കിട്ടും അവരിൽ നിന്ന് മന്ത്രമോ ധ്യാനിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു രൂപമോ ഒക്കെ ഉപദേശിച്ചു വാങ്ങും ആദ്യത്തെ അവസ്ഥയാണ് എന്നിട്ട് അല്പമൊന്ന് ധ്യാനം പരിശീലിച്ചു തുടങ്ങും ഇതാണ് യോഗത്തിന്റെ പ്രഥമ വാക്കുകളൊക്കെ അനാവശ്യമായി വർത്തമാനം പറയുന്നതൊക്കെ കുറയും വേണ്ടാത്ത വ്യവഹാരമൊക്കെ കുറയും അല്പമൊന്ന് ധ്യാനം പരിശീലിച്ചു തുടങ്ങും സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ധ്യാനിക്കുക മനസ്സ് പൂർണ്ണമായി ഏകാഗ്രപ്പെടൊന്നുമില്ല അധികം പേരും ഒരു നാമവും ഏതെങ്കിലും ഒരു രൂപത്തിലും മനസ്സിനെ നിർത്തി ധ്യാനിച്ചു തുടങ്ങും ഇതാണ് ആദ്യത്തെ പടി അങ്ങനെ ഭഗവാന്റെ ഒരു രൂപത്തിലോ ഭഗവാന്റെ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു രൂപത്തില് ധ്യാനിച്ച് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി തുടങ്ങും അതിൽ മനസ്സ് കുറച്ചു നേരം രമിക്കും പിന്നെയും അലഞ്ഞു നടക്കും ഇങ്ങനെ കുറേ കാലം പരിശ്രമിച്ചാൽ മനസ്സൊന്ന് ഏകാഗ്രപ്പെട്ട് തുടങ്ങും ഭഗവാന്റെ ആരൂപത്തില് അല്ലെങ്കിൽ മന്ത്രത്തില് ഏകാഗ്രപ്പെട്ട് തുടങ്ങും ധ്യാനം കുറച്ച് കുറച്ച് ആഴമായി തുടങ്ങും ചിലർക്കൊക്കെ ഈ അവസ്ഥയില് ചില ഭാവസമാധികളൊക്കെ വരും പലരും ഇതൊക്കെ വളരെ ഉയർന്ന അവസ്ഥയാണെന്ന് ധരിക്കും മൂർച്ഛിച്ച് ചോട്ടൽ വീഴുക ആനന്ദിച്ച് നർത്തനം ചെയ്യാം ഇത്തരം അവസ്ഥകളൊക്കെ തന്നെ ഈ ഭാവസമാധി അവസ്ഥയില് ഈ ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കുമ്പോൾ ഇത് എല്ലാവർക്കും വേണം ഈ ഭക്തിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഏതെങ്കിലും ഭഗവാന്റെ ഒരു രൂപത്തിനെ ധ്യാനിച്ച് നാമം ജപിച്ചുകൊണ്ട് ആരംഭിക്കും രൂപമായിരിക്കാം നാമമായിരിക്കാം ഗുണമായിരിക്കാം സഗുണ സാകാര ഭക്തി എന്തിനെങ്കിലും യോഗ സാധനകളായിരിക്കാം എന്തായാലും ഇതൊക്കെ തന്നെ സഗുണ സാകാരമാണ് ഈ അവസ്ഥയിൽ ഇങ്ങനെ ധ്യാനിച്ചു തുടങ്ങും ക്രമേണ ഈ ധ്യാനം ഏകാഗ്രപ്പെട്ട് ഏകാഗ്രപ്പെട്ട് ഈ അവസ്ഥയിൽ ചിലപ്പോ നമ്മൾ ധ്യാനിക്കുന്ന ഇഷ്ടമൂർത്തി നമ്മളുടെ മുമ്പിൽ നിൽക്കും ശരിക്കും ഇതുപോലെ അങ്ങനെ വന്ന് നിന്നാൽ പോലും അത് വന്ന പോലെ ചിലപ്പോ പോകും എന്നിട്ട് വിരഹത്തിൽ ഈ ജീവൻ ദുഃഖിക്കും നമ്മൾ ധ്യാനിക്കുന്ന ഇഷ്ടമൂർത്തി മുമ്പിൽ നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടും നമുക്ക് വർത്തമാനം പറയാം ശ്രീരാമകൃഷ്ണപരമ വംസര് കാളിയോട് വർത്തമാനം പറഞ്ഞ പോലെ ഇഷ്ടമൂർത്തിയോട് വർത്തമാനം പറയാം ഇഷ്ടമൂർത്തി ഉള്ളിൽ തെളിഞ്ഞു പ്രകാശിക്കും മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടും ഇതൊക്കെ മനസ്സിന്റെ ഏകാഗ്രതയാണ് എന്താന്ന് വെച്ചാൽ ബ്രഹ്മത്തിന് ഒരു രൂപം കൊണ്ട് വരാനൊന്നും വിഷമമില്ല നമ്മളൊക്കെ രൂപം എടുത്തിട്ടില്ലേ അതുപോലെ തന്നെ നമുക്കൊക്കെ രൂപമുണ്ടല്ലോ ഭഗവാൻ രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു രാമകൃഷ്ണ പരമവംസരുടെ കഥയില് ശ്രീരാമന്റെ ഒരു വിഗ്രഹം രൂപം കൊണ്ട് നടന്നതായിട്ട് പറയണ്ടല്ലോ ശരിക്കും നടന്നതായിട്ടും വർത്തമാനം പറഞ്ഞതായിട്ടും അത് സാധിക്കും രാമകൃഷ്ണദേവൻ അല്ല രമണ മഹർഷി അതിന് ഉത്തരം പറഞ്ഞത് എന്തുകൊണ്ട് സാധിക്കില്ല നിങ്ങൾ നടക്കണില്ലേ നിങ്ങൾ വർത്തമാനം പറയണില്ലേ ഇത് സാധിക്കാമെങ്കിൽ അതെന്തുകൊണ്ട് സാധിച്ചൂട അപ്പൊ ഇയാൾക്ക് സംശയം അപ്പോഴും തീർന്നില്ല എന്നാലും അത് വിഗ്രഹമല്ലേ അത് ജടമല്ലേ അപ്പൊ മഹർഷി ചിരിച്ചു കൊണ്ട് ചോദിച്ചു ഇത് മാത്രം എന്താ ചൈതന്യമാണോ ഇതും ജഡമാണ് ഇയാൾക്ക് മനസ്സിലായില്ല ഒന്നുകൂടെ അത് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഇപ്പൊ നടക്കുമ്പോ നിങ്ങൾ ആശ്ചര്യപ്പെടണില്ല ഇതൊരു പക്ഷേ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ശ്മശാനത്തിൽ കൊണ്ട് വെച്ച ശേഷം എഴുന്നേറ്റ് ഒന്ന് ഡാൻസ് കളിച്ചാൽ അപ്പൊ വേണമെങ്കിൽ ആശ്ചര്യപ്പെടും വാസ്തവത്തിലെ എന്താ വ്യത്യാസമുള്ളത് ഒരു വ്യത്യാസമില്ല രണ്ടും ജഡം രണ്ടും ചരിക്കണത് അത്ഭുതം നിർഗുണമായ ബ്രഹ്മത്തിൽ ഒരു രൂപോദ്ഭവം അതേപോലെ ഭഗവാന്റെ ഒരു ദിവ്യരൂപം മുമ്പിൽ വന്ന് നിന്ന് പ്രകാശിക്കും ഇതൊക്കെ ഈ ധ്യാനത്തിൽ ഒരവസ്ഥയിലുണ്ടാവും നമ്മൾ ധ്യാനിക്കുന്ന മൂർത്തി തന്നെ മുമ്പിൽ പ്രകാശിക്കും മനസ്സ് നല്ലവണ്ണം ഏകാഗ്രപ്പെട്ട ആനന്ദമുണ്ടാവും നമുക്കൊക്കെ അനുഭവിക്കാം ഇത് നമുക്ക് ധ്യാനത്തിന്റെ എളുപ്പമായ മാർഗം ആരംഭത്തിൽ ഏതെങ്കിലും ഒരു നാമം സ്വീകരിക്കുക ഭഗവാന്റെ ഒരു ദിവ്യരൂപത്തിനെ ആരാധിക്കുക അതിനെ അർച്ചിക്കുക പൂജിക്കുക നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് വർത്തമാനം പറയണ പോലെ ഭഗവാനോട് വർത്തമാനം പറയാം ആ ഭഗവാന്റെ രൂപത്തിനെ ഉള്ളിൽ ധ്യാനിക്കാം മനസ്സ് നല്ലവണ്ണം ഏകാഗ്രപ്പെട്ടാൽ അത് പ്രകാശമാനമായി ഉള്ളിൽ ജ്വലിച്ചു നിൽക്കും ഈ സഗുണരൂപം ക്രമേണ ചിപ്രകാശമായിട്ട് മാറും െ ഭാഗവതത്തിൽ പടിപ്പടിയായിട്ട് പറയണു നമുക്കൊക്കെ അനുഭവത്തിൽ വരും വേണമെങ്കിൽ ഈ രൂപം ക്രമേണ ഉള്ളിൽ നിന്നും മറയും ഈ രൂപം മറിഞ്ഞ് ഉള്ളിലെ ഒരു പ്രകാശം മാത്രം അനുഭവിച്ചിരിക്കും സൃഷ്ടിയുടെ ആരംഭഘട്ടം തന്നെ പ്രകാശമാണ് പ്രകാശം ശബ്ദം ഊർജം നമ്മൾ ധ്യാനിക്കുമ്പോഴും ധ്യാനം ആഴ്ന്നു വരുമ്പോ ഈ രൂപവും മറിഞ്ഞ് പ്രകാശം മാത്രമായിട്ട് നിൽക്കും ഈ പ്രകാശം ചിലപ്പോ നീല നിറത്തിലായിരിക്കും ചിലപ്പോ ചുവന്ന നിറത്തിലായിരിക്കും ചിലപ്പോ സുവർണ വർണ്ണത്തിലായിരിക്കും ചിലപ്പോ ശുദ്ധമായ ധവളവർണ്ണം വെള്ള നിറം വെള്ള നിറത്തിലുള്ള പ്രകാശം ഈ മൂന്ന് തരത്തിലുള്ള പ്രകാശവും യോഗികൾ അനുഭവിക്കും ശുദ്ധമായി നീല പ്രകാശം അതിനെയാണ് നമ്മൾ വിഷ്ണു എന്ന് പറയുന്നത് ആ വിഷ്ണുവിന്റെ അനുഭവം വൈഷ്ണവഭാവം ഉള്ളിൽ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നർത്തനം ചെയ്യും ആടും പാടും കളിക്കും ചുവന്ന വർണ്ണത്തില് യോഗാനുഭവം ഉണ്ടാവുമ്പോൾ അത് ശക്തിയാണ് ശക്തിയാണ് ആ ഭാവത്തിലാണ് അത് കുറച്ച് ഉഗ്രമായിരിക്കും ഉഗ്രമായിട്ടുള്ള ഭാവമായിരിക്കും രജോഗുണം കുറച്ചുണ്ടാവും സാത്വികമായ സുവർണ പ്രകാശം സുവർണ പ്രകാശം ശിവൻ അത് വികാരമൊന്നും പുറമേക്കുണ്ടാവില്ല ശാന്തി ജ്ഞാനത്തിനോട് വളരെ അടുക്കുമ്പോൾ ഉള്ളിലുണ്ടാവുന്ന ഭാവമാണ് ഈ ധവളപ്രകാശം ഇതൊക്കെ തന്നെ യോഗമണ്ഡലങ്ങളാണ് ഇതൊക്കെ വരും പോകും ഇതൊന്നും ശാശ്വതമായിട്ട് നിൽക്കില്ല ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ തന്നെ സാധനയുടെ ഘട്ടങ്ങളിൽ വരും പോകും പലർക്കും വന്നിട്ടുണ്ടാവും പിടിച്ചു നിർത്തണം എന്ന് വെച്ചാൽ പോലും ശാശ്വതമായി നിർത്താൻ പറ്റില്ല കാരണം ഇതൊന്നും ശാശ്വതമല്ല ഈ പ്രകാശാനുഭവങ്ങളൊക്കെ വരും ഇതിനിടയിൽ അനേക ദിവ്യരൂപങ്ങൾ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വരും ചിലപ്പോൾ ഋഷികളുടെ ദർശനം ഉണ്ടായിരുന്നു വരും യോഗികളുടെ ദർശനം ഉണ്ടായിരുന്നു വരും മഹാത്മാക്കളുടെ ദർശനം ഉണ്ടായി എന്ന് വരും ധ്യാനിക്കുമ്പോൾ മാത്രമല്ല ചിലപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടായി എന്ന് വരും രാമകൃഷ്ണ പരമവംശർക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് വിവേകാനന്ദ സ്വാമികൾക്ക് പത്ത് പതിനാല് വയസ്സായിരിക്കുമ്പോ ഒരു ദിവസം മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് മുറി മുഴുവനും ഒരു പ്രകാശം നിറഞ്ഞു എന്നിട്ട് ആ മുറിയില് ഒരു സന്യാസി കയ്യിൽ കമണ്ടലുവായിട്ട് നിൽക്കുന്നത് അത് കണ്ടു ആ സന്യാസിയെ കണ്ടതും ആദ്യമുണ്ടായ അനുഭവം പേടിയാണോ കൊച്ചുകുട്ടിയാണല്ലോ പേടിച്ചിട്ട് മുറിയിന്ന് ഇറങ്ങി ഓടി ഇറങ്ങി ഓടി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് ഞാൻ എന്തൊരു വെഡിത്തമാ കാണിച്ചത് ഏതോ മഹാത്മാവിന്റെ ദർശനമാണോ എന്ന് പറഞ്ഞ് തിരിച്ച് മുറിയിൽ ഓടി വരുമ്പോഴേക്കും അത് മറഞ്ഞുപോയി അത് മുറിയിലൊന്നുമല്ല തന്റെ ഉള്ളിലുള്ളതാണ് പുറത്തു വന്നതേ അത് മറഞ്ഞുപോയി പിന്നാലെ സ്വാമിജി ഇത് പറയുന്നുണ്ട് ബുദ്ധന്റെ ദർശനമാണ് എനിക്കുണ്ടായത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ യോഗമണ്ഡലങ്ങളാണ് അദ്ദേഹത്തിന് വേറെ അനുഭവം ഉണ്ടായിരുന്നു ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ മുമ്പിലൊരു ലൈറ്റ് ഇങ്ങനെ വരും ഒരു വെളിച്ചം അത് മുമ്പിൽ വന്നിങ്ങനെ ജ്വലിക്കും അതിലേക്ക് താൻ അങ്ങനെ ലയിക്കും എന്നിട്ട് ഉറങ്ങും അദ്ദേഹം വിചാരിച്ചിരുന്നത് എല്ലാരും ഇങ്ങനെയാണോ ഉറങ്ങണത് എന്നാണ് അതുകൊണ്ട് ആരോടും അതിനെ കുറിച്ച് ചോദിച്ചില്ല എല്ലാരും ഇങ്ങനെയാണോ ഉറങ്ങണതെന്നാണ് വിചാരിച്ചിരുന്നത് അതുകൊണ്ട് സംശയിച്ചു ഇല്ല ആരോടും ചോദിച്ചൂല്ല രാമകൃഷ്ണ പരമഹംസരടുത്ത് പിന്നീട് പോകുമ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനാഥ് ദത്ത വിവേകാനന്ദന്റെ പൂർവാശ്രമത്തിലെ പേര് നരേന്ദ്രനാഥിനോട് ചോദിച്ചു ഉറങ്ങുമ്പോ തന്റെ മുമ്പിൽ ഒരു വെളിച്ചം വരാറുണ്ടോ വരാറുണ്ട് എല്ലാരും ഇങ്ങനെ എല്ലാവർക്കും വരാറില്ലേ അപ്പോഴാണ് അതെല്ലാവർക്കും വരണ വെളിച്ചമല്ല തനിക്ക് പ്രത്യേകമായി ഉണ്ടാവുന്നതാണെന്ന് മനസ്സിലായിരുന്നു അപ്പോ ഇതൊക്കെ യോഗമണ്ഡലങ്ങളാണ് അവരറിയാതെ അവരും നമ്മൾ ഏതവസ്ഥയിൽ നിൽക്കണമെന്ന് നമുക്കറിയില്ല ഇങ്ങനെ മനസ്സ് പല മണ്ഡലങ്ങളും കടന്ന് കടന്ന് കടന്ന് കടന്ന് വരും പല ദിവ്യ ദർശനങ്ങളും ഉണ്ടാവും വെളിച്ചം ഉണ്ടാവും വരും പോകും ഈ യോഗമണ്ഡലങ്ങളിലൊക്കെ ആൾ വലിയ യോഗിയായി എന്നൊക്കെ ചിലപ്പോൾ ഇവിടെയൊക്കെ എത്തിയിട്ട് ഈ ജീവൻ മുതലെടുക്കാൻ തുടങ്ങിയാൽ അത് ചോട്ടിൽ പോകും പിന്നീട് ആ ദർശനങ്ങളൊന്നും ഉണ്ടാവില്ല അതിന്റെ ശക്തിയൊക്കെ ക്ഷയിച്ചു പോകും അതാണ് നമ്മള് പുരാണങ്ങളിലൊക്കെ ഋഷികളെ തപസ്സൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ കാണുന്നത് എന്നുവെച്ചാൽ യോഗം കൊണ്ട് നേടിയതൊക്കെ നഷ്ടപ്പെട്ടു പോകും യോഗം എന്തിനു പ്രയോജനപ്പെടും എന്ന് വെച്ചാൽ ക്രമേണ ഈ ജീവനെ പക്വപ്പെടുത്തി പക്വപ്പെടുത്തി ജ്ഞാനത്തിന് പരിഭാഗപ്പെടുത്തണം ചിത്തത്തിനെ സൂക്ഷ്മ തലത്തിൽ കൊണ്ടുവന്ന് ഒരിക്കലും നഷ്ടപ്പെടാത്ത വസ്തുവിനെ കാട്ടിക്കൊടുക്കണം എന്നാലേ യോഗം പ്രയോജനപ്പെടുന്നു പക്ഷേ ഈ യോഗദർശനങ്ങളൊക്കെ വഴിയിലുള്ള യോഗദർശനങ്ങൾ അനേകമുണ്ടാവും അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഭഗവാന്റെ ദിവ്യരൂപവും മറിഞ്ഞ് ഒരു വെളിച്ചം മാത്രമായിട്ട് നിൽക്കും ഈ വെളിച്ചം പല രീതിയിലും വന്നുപോയിക്കൊണ്ടിരിക്കും രമണ മഹർഷിക്ക് തന്നെ തിരുവണ്ണാമലയിലേക്ക് വരുമ്പോൾ പതിനേഴ് വയസ്സിൽ അരുണാചലത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഓടി ആ സമയത്ത് ജ്ഞാനമൊന്നും പൂർണ്ണമായി പ്രകാശിച്ചിട്ടില്ല അല്പം ഒരു മറയുണ്ട് അതുകൊണ്ടാണ് അവിടുന്ന് വരുന്നത് അച്ഛന്റെ അടുത്തേക്ക് പോകണമെന്നാണ് അരുണാചല ശിവനെ കാണാൻ അച്ഛന്റെ അടുത്തേക്ക് പോകണമെന്നുള്ള ഭാവത്തിലാണ് ഓടി വരുന്നത് അങ്ങനെ വന്ന് തിരുക്കൊയിലൂരില് ട്രെയിനിൽ അവിടെ ഇറങ്ങിയിട്ട് തിരുക്കൊയിലൂരില് അതുല്യനാഥേശ്വര ക്ഷേത്രം ആ ക്ഷേത്രം വന്നൊക്കെ പഴകി കിടക്കാണ് ഒരു നേരം പൂജ മാത്രം നടക്കും ആ ക്ഷേത്രത്തിൽ വന്നിരുന്നു ആഹാരം വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാണ് ആ ക്ഷേത്രത്തിൽ വന്നപ്പോ പെട്ടെന്ന് അവിടെ മുഴുവനൊരു ലൈറ്റ് പ്രകാശം നിറഞ്ഞതായിട്ട് കണ്ടു അപ്പോ ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്നായിരിക്കും ആ വെളിച്ചം വന്നതെന്ന് വിചാരിച്ച് അവിടെ പോയി നോക്കുമ്പോ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്നൊന്നുമല്ല പിന്നീടാണ് തന്റെ ഉള്ളിൽ നിന്ന് തന്നെയാ വന്നതെന്ന് മനസ്സിലായി ഇത് മഹർഷിയുടെ മാത്രം അനുഭവമല്ല പലർക്കും ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ വളരെ സർവസാധാരണമായി സാധകന്മാർക്ക് ഈ പ്രകാശദർശനമൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ പ്രകാശം വരുന്നതും പോകുന്നതും യോഗമണ്ഡലങ്ങളിൽ അനുഭവപ്പെടും ധ്യാനിക്കുമ്പോഴൊക്കെ അനുഭവപ്പെടും അതൊക്കെ മനസ്സ് പെട്ടെന്ന് ഒരു സത്വഗുണത്തിൽ വരുമ്പോ അതീന്ദ്രിയമായ വസ്തുദർശനത്തിന് അടുത്തു വരെത്തുക അപ്പൊ ഇതുപോലെയൊക്കെ വെളിച്ചം ഒക്കെ വരും ധ്യാനിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ആനന്ദം ഈ ഒരവസ്ഥയിൽ രൂപവും മറഞ്ഞു കഴിഞ്ഞു കണ്ണടച്ചിരുന്നാൽ മതി ആനന്ദമായിട്ടിരിക്കും ഒരു പ്രകാശം ഉള്ളിലും പുറത്തുമൊക്കെ നിറഞ്ഞു നിൽക്കും ഒരു വെളിച്ചം മാത്രമല്ല ഉള്ളിലും പുറത്തുമൊക്കെ ഒരു സാത്വികമായ ഒരു വെളിച്ചം നിറഞ്ഞു നിൽക്കും തായിമാനവസ്വാമികൾ ഒരു പാട്ടിൽ പറയുന്നുണ്ട് പാർത്തവിടമെല്ലാം പരവെളിയായി തോണ്ട വൂർ വാർത്തൈ ചൊല്ലബന്ധമനുവേ പരാപരമേ കാണുന്നിടത്തൊക്കെ വെളിച്ചം നല്ല ആനന്ദം പ്രയത്നമൊന്നും വേണ്ട ധ്യാനിക്കാനൊന്നും വിഷമമില്ല കണ്ണടച്ചിരുന്നാൽ മതി നല്ല സുഖം നല്ല ശാന്തി ഈ അവസ്ഥ വളരെ ശാന്തമായി ഏകാന്തമായി ആഹാരമൊക്കെ നിയന്ത്രിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ വലിയ പ്രയത്നമൊന്നും ചെയ്യണ സ്വഭാവക്കാരല്ലെങ്കിൽ അവർക്ക് കുറെ കാലം നീണ്ടി നിൽക്കും ഈ പ്രയത്നം ചെയ്യുന്ന സ്വഭാവക്കാരല്ലെങ്കിൽ പറയാൻ കാരണം നമുക്ക് നമ്മളുടെ പ്രയത്നത്തിലാണോ കൂടുതൽ വിശ്വാസമേ അതുകൊണ്ട് പലപ്പോഴും കൃപ കൊണ്ടുണ്ടാവുന്ന അനുഭവത്തിനെ പ്രയത്നം കൊണ്ട് കേടുവേർത്തും എന്തു ചെയ്യും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാലും അതിനൊരു ഉദാഹരണം പറയണത് ജടശരീരത്തിന് വെള്ളത്തിലെടുത്തിട്ടാൽ മുങ്ങാതെ കിടക്കും പക്ഷെ ജീവനുള്ള ശരീരം വെള്ളത്തിൽ വീഴുമ്പോൾ മുങ്ങണു കാരണം എന്താ കാരണം എന്താന്ന് വെച്ചാൽ ജീവനുള്ള ശരീരം രക്ഷപ്പെടാൻ ശ്രമിക്കണത് കൊണ്ടാണ് മുങ്ങണതാണ് അല്ലെങ്കിൽ ശരീരം കടന്നാമങ്ങില്ല ഈ അഹങ്കാരം ഈ അഹങ്കാരമാണ് ഈ ജീവനെ വിഷമിപ്പിക്കണത് അഹങ്കാരം പോയാൽ കർത്തൃത്വ ബുദ്ധി പോയാൽ തന്നെ ശാന്തി അതുപോലെ ഈ ഒരു ധ്യാനാവസ്ഥ യോഗാവസ്ഥ വളരെ കാലം നീണ്ടു നിൽക്കും ചിലർക്ക് കണ്ണടച്ചിരുന്നാൽ മതി ശാന്തി അവർക്ക് കൂടുതൽ ആഗ്രഹമൊന്നുമില്ല ഇതിൽ ഇനി മുന്നോട്ട് പോകണമെന്നും ആഗ്രഹം ഉണ്ടാവില്ല പിന്നോട്ട് പോകണമെന്നും ആഗ്രഹം ഉണ്ടാവില്ല നിലനിർത്തണം അങ്ങനെയാണെങ്കിൽ ആ അവസ്ഥയിൽ അങ്ങനെ നിന്ന് തന്നെ അത് ക്രമേണ അതിനതീതമായിട്ട് പോകും അതായത് പൂർണമായ ആത്മാനുഭവത്തിലെത്തും അല്പമേ വ്യത്യാസമുള്ളൂ ഈ അവസ്ഥയിൽ നിന്ന് അങ്ങോട്ട് കിടക്കാൻ ഒരു ചെറിയ തലനാരിഴയേ ഉള്ളൂ പക്ഷെ പലപ്പോഴും ഇവിടുന്ന് വീടിന്റെ ചോട്ടൽ വരും അധികമായിട്ടും വരും എന്താന്ന് വെച്ചാൽ വിശ്വസിക്കുകയാണ് ഒന്നാമത് ഈ അവസ്ഥ എത്തിയാൽ ജീവന് വിശ്വാസം ഉണ്ടാവില്ല അല്പമുള്ള മനസ്സ് പറ്റിച്ചു കളയും മനസ്സ് പറയും ഈ ഇത് പോരാ ഇനി മേലെ പോണം അല്ലെങ്കിൽ നമ്മൾ ആരുടെ അടുത്തെങ്കിലും പോയി സംശയം ചോദിക്കും അവര് നമ്മളെ സംശയം ഉണ്ടാക്കി വിടും വീണ്ടും ചോട്ടൽ വരും അല്ലെങ്കിൽ പ്രയത്നിച്ച് കേടുവരുത്തും എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്തായാലും ഈ അവസ്ഥയിൽ നിന്ന് ചില ജീവൻ ചോട്ടൽ വരും ഈ അവസ്ഥയിൽ നിന്ന് മേപ്പെട്ടു പോയാൽ ീ പ്രകാശത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ മണക്കാൻ തുടങ്ങും ഈ പ്രകാശത്തിനെയും ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജ്യോതിസിന്റെയും ഉറവിടം ഈ വെളിച്ചവും എവിടുന്നു പൊന്തിണമോ ആ വെളിച്ചം പൊന്തുന്ന മൂലസ്ഥാനം ആ വെളിച്ചത്തിന്റെ ഉറവിടമായിട്ടുള്ള ശുദ്ധമായ ചേതന അതിന്റെ സ്വരൂപം ഉണ്മ അതിന്റെ സ്വരൂപം അറിവ് അതിന്റെ സ്വരൂപം പ്രേമം ആനന്ദം കാരുണ്യം സർവവും അതിലുണ്ട് ആ ഉറവിടമായിട്ടുള്ള ബോധം അധിഷ്ഠാനം അസ്തിത്വം അതിലേക്ക് ഈ ജീവൻ പതുക്കെ അടുക്കും അടുക്കുന്നത് വെച്ചാൽ ഈ പ്രകാശത്തിന്റെ മൂലം ഞാൻ അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ വാക്യം ചിലയിടത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഐ ആം ദ ലൈറ്റ് ആ വെളിച്ചത്തിന്റെ മൂലം ഞാനാണ് ഭഗവാൻ ഗീതയിലും ഒരിടത്ത് പറയുന്നു ജ്യോതിഷാം അപിതജ്യോതി തമസ പരമുച്ച ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യവിഷ്ഠിതം എല്ലാവരുടെയും ഹൃദയത്തിൽ അതിരിക്കണോ അതെങ്ങനെ ഇരിക്കണോ എന്ന് വെച്ചാൽ ബോധമായിട്ട് അസ്തിത്വമായിട്ട് വിജ്ഞാനമായിട്ട് അനുഭവമായിട്ട് എന്നുള്ള വൃത്തിയുടെ ഉണ്മയായ പൊരുളായിട്ട് അത് വർദ്ധിക്കുന്നു അപ്പൊ ഈ അവസ്ഥയിൽ ഈ ജീവന് ഒന്നിൽ സ്വയമേവ അല്ലെങ്കിൽ ഈ ഒരു കൃപാവസ്ഥയിലിരിക്കുമ്പോ വേദാന്തം കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാവും അതായത് ഇതിനു മുമ്പൊക്കെയുള്ള അവസ്ഥയിൽ ഈ ജീവനെ ജീവൻ മുക്തന്മാരുടെ അടുത്ത് കൊണ്ടുപോവില്ല ജ്ഞാനികളുടെ സമ്പർക്കം ഉണ്ടാവില്ല അതിനു മുമ്പുള്ള അവസ്ഥയിലൊക്കെ ഈ ജീവന് സഗുണ സാകാരമായ മൂർത്തി വേണം ഭഗവാൻ ഒരു വ്യക്തിയാണ് ഭഗവാൻ ഒരു വ്യക്തി ഭഗവാനോട് ഒരു വ്യക്തിയായിട്ട് തന്നെ ബന്ധപ്പെടണം എന്നാലേ ജീവൻ മേപ്പെട്ടു പോളൂ പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഈ ജീവന് ഈ ഒരു സാത്വികമായ പരമസാത്വികമായ തലത്തിലെത്തുമ്പോൾ ആത്മവിദ്യ കേൾക്കാൻ ഒരു അവസരം ഉണ്ടാവും ഉള്ളില് ഞാൻ ഞാൻ ഞാൻ എന്നുള്ള ഈ സ്ഫൂർത്തിയെ ആരാഞ്ഞു നോക്കാനുള്ള ഒരു ഫാസിനേഷൻ ഒരാകർഷണം ഈ ജീവനുള്ളിലുണ്ടാവും ഇതൊന്നിൽ പുറമേക്ക് ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്വയമേവ് ഉള്ളിൽ നിന്നോ തോന്നി തുടങ്ങും ക്രമേണ അതിന്റെ ശക്തി വെച്ചുകൊണ്ട് ഈ ജീവൻ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ഞാൻ ശരീരമോ മനസ്സോ ബുദ്ധിയോ അല്ല ഈ വിചാരമൊന്നും ആവശ്യമില്ല അവിടെ അവിടെ ശുദ്ധമായി ഈ ബോധം ഞാൻ ഉണ്ട് ഞാൻ പ്രകാശിക്കണു എന്റെ സ്വരൂപം ആനന്ദമാണ് എന്ന് തെളിഞ്ഞു കിട്ടും ആ തെളിഞ്ഞ അനുഭവം ജ്ഞാനമായി ഹൃദയത്തിൽ പ്രകാശിക്കും നിർവികൽപ്പമായ സ്ഥിതി അവിടെ രണ്ട് എന്നുള്ള അനുഭവമേ ഇല്ല ഏകമേവ അദ്വിതീയം നേഹനാനാസ്ഥിഞ്ചന നാനാത്വം അല്പം പോലും ഇല്ലാതെ അസ്ഥി ഭാതി പ്രിയം ഉണ്ട് എന്നുള്ള അനുഭവം അത് പ്രകാശമാനം അതിൽ പ്രേമം അത് സ്വയമേവ നിർവികൽപ്പ സമാധി ഈ അനുഭവം വളരെ വിരളമായിട്ട് ആയിരക്കണക്കിന് ആളുകളിൽ ആർക്കെങ്കിലും അപൂർവമായി ഇത്തരത്തിലൊരു സമാധി ദശ ഉണ്ടാവും അങ്ങനെ ഉണ്ടായാലും അത് വിട്ട് എഴുന്നേറ്റാൽ ആ സമാധി വിട്ടുണർന്നാൽ വ്യവഹാര ദശയിലേക്ക് ഇറങ്ങി വരുമ്പോ പിന്നെയും ചിലപ്പോ ചലിക്കും സൂക്ഷ്മമായി കിടക്കണ രാഗം ദ്വേഷമൊക്കെ പൊന്തി വരും പൊന്തി വന്നിട്ട് വീണ്ടും വീണ്ടും രൂപം കൊണ്ട് മുമ്പിൽ വന്ന് നിൽക്കും സൂക്ഷ്മമായിട്ടുള്ള അറ്റാച്ച്മെന്റ് അവകർഷൻ ഇതൊക്കെ മുമ്പിൽ വന്ന് രൂപം കൊണ്ട് നിൽക്കും കുറെ കേട്ടിട്ടുള്ളവർക്ക് ഇപ്പൊ ഞാൻ പറയണത് മനസ്സിലാവും തെലുങ്കോ ഫ്രഞ്ച് ഭാഷയോ പോലെ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും ഒരു രണ്ടു ദിവസം കഴിയുമ്പോ ശരിയായിക്കോളും ക്രമേണ ഈ അവസ്ഥയിൽ അതായത് ഇത്തരം ഒരു സമാധി ഉണ്ടായിട്ട് ഉണർന്നാലും വീണ്ടും വ്യവഹാര ദശയിൽ വരുമ്പോ ചലിക്കും അപ്പോഴാണ് ഈ ജീവൻ വീണ്ടും വീണ്ടും ഈ സമാധിയിൽ തന്നെ ഈ ധ്യാനം തന്നെ പരിശീലിച്ച് ക്രമേണ ിൽ അനുഭവിക്കുന്ന ആ പ്രകാശമുണ്ടല്ലോ ഇന്ദ്രിയങ്ങൾ വഴി പുറമേക്ക് ചാടും ഉള്ളിൽ താൻ ധ്യാനവേളയിൽ അനുഭവിക്കുന്ന ആ വെളിച്ചം ഇന്ദ്രിയങ്ങൾ വഴി പുറമേക്ക് ചാടി സർവത്ര കാണുന്ന നാമരൂപങ്ങളൊക്കെ അതിൽ കുതിർന്ന് നിൽക്കുന്നതായിട്ട് അനുഭവിക്കും നമ്മുടെ കാഞ്ഞങ്ങാടുണ്ടായിരുന്ന സ്വാമി രാമദാസ് അദ്ദേഹം തിരുവണ്ണാമലെ ഒരു ഗുഹയിൽ ഇരുപത്തിയൊമ്പത് ദിവസം രാമനാമം ജപിച്ചുകൊണ്ട് അതിനു മുമ്പ് അദ്ദേഹം ധ്യാനിക്കുമ്പോ അദ്ദേഹത്തിന് ആനന്ദം ഉണ്ടാകും പക്ഷേ ഈ തിരുവണ്ണാമലയിൽ വെച്ച് ഇരുപത്തൊമ്പത് ദിവസം രാമനാമം ജപിച്ച് ഇരുപത്തൊമ്പതാമത്തെ ദിവസം ആ ഗുഹയിൽ നിന്ന് പുറത്തു വരുമ്പോ പ്രപഞ്ചം മുഴുവൻ രാമമയം എന്നുവെച്ചാൽ പ്രപഞ്ചം മുഴുവൻ ആനന്ദ നർത്തനം ചെയ്യും കാണുന്നതിനൊക്കെ ആനന്ദം ആനന്ദം കൊണ്ട് ഇദ്ദേഹം ഓടിപ്പോയി ആ ഒരു വിറകുകെട്ടുമായിട്ട് വരണ ഒരാളെ ചെന്ന് കെട്ടിപ്പിടിച്ചു സ്വാമികൾ തന്നെ പറയണ അയാൾ പേടിച്ചിട്ട് വിറകിട്ടിട്ട് ഓടിപ്പോയി അദ്ദേഹത്തിനെ കാണുന്നതൊക്കെ രാമനായിട്ട് ഈ വരുന്ന ആള് രാമസ്വരൂപമായിട്ട് തോന്നി ഒക്കെ ഭഗവത് സ്വരൂപമായിട്ട് തോന്നി കാണുന്നതിലൊക്കെ ഈ ഭഗവത് സാന്നിധ്യം അനുഭവിച്ചു അപ്പൊ ഇതാണ് വിശ്വരൂപം കാണ പ്രപഞ്ചം മുഴുവൻ ഈ കാണുന്ന വിശ്വം മുഴുവനും ഭഗവാന്റെ സ്വരൂപം ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന അനുഭവം ഉണ്ടല്ലോ ഇതും ഒരു യോഗാനുഭവമാണ് പ്രപഞ്ചത്തിന് മുഴുവൻ ഇഹൈകസ്തം ജഗത്കൃസ്തം ഇനി ഭഗവാൻ പറയാൻ പോണം അതിനൊരു ഇൻട്രഡക്ഷനാണ് ഇത്രയും നേരം പറഞ്ഞത് പ്രപഞ്ചം മുഴുവൻ ഈ കാണുന്ന വിശ്വം മുഴുവൻ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ വിഷ്ണുസ്വരൂപമായിട്ട് അതാണ് നമ്മളൊക്കെ വിഷ്ണു സഹസ്രനാമത്തിൽ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർവം വിഷ്ണുമയം ജഗത് ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്ച സ്ഥാരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗതി ഇത് വിശ്വരൂപദർശനമാണ് യാതൊന്നു കാണതതു നാരായണപ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണശ്രുതികൾ യാതൊന്നു ചെയ്വതൊ നാരായണ അർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ കാണുന്നതൊക്കെ നാരായണസ്വരൂപമായിട്ട് ഒരു യോഗാനുഭവം ആ യോഗാനുഭവവും ചിലപ്പോ മറഞ്ഞു പോവും വന്നിട്ട് പോകും നിൽക്കാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ യോഗാനുഭവത്തിൽ എപ്പോഴും വരുന്ന ശരീരമേ നിൽക്കില്ല ശങ്കരങ്ങിട്ട് മുതല്യ അനുഭവമാണ് രണ്ടിനും അൽപ്പം കൂടെ ഇല്ലാതെ സദ്ഗുരുവിന്റെ കൃപ കൊണ്ട് ഒന്നൊരു ഉള്ളിൽ നിന്ന് തന്നെ ഇവർക്ക് തോന്നും അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ഉപദേശിച്ചിട്ട് അറിയും കാണുന്നതിനെയൊക്കെ ഭഗവാനായി വിചാരം ചെയ്ത് ഉറപ്പിക്കുക കാണുന്നതിനെയൊക്കെ ഈശ്വരനായി വിചാരം ചെയ്ത് ഉറപ്പിക്കുക എന്നുവെച്ചാൽ കണ്ടുകഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു ഇനി ഉറപ്പിക്കുക എന്ന് വെച്ചാൽ ഓർമ്മിക്കുക അത്രയുള്ളൂ ഈശാവാസ്യം ഇതം സർവം യത്യാം ജഗത് അതായത് ഇനിമേലാൽ രാഗദ്വേഷം എവിടെയെങ്കിലും പൊന്തണമുണ്ടെങ്കിൽ നാമരൂപങ്ങൾ എന്തെങ്കിലും ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഈ ബ്രഹ്മബുദ്ധി കൊണ്ട് ജ്ഞാനമാവുന്ന ചിന്താമണി കൊണ്ട് അതിനെയൊക്കെ തുടങ്ങണം എന്നുവെച്ചാൽ ഈശ്വരനാണ് ഒരിക്കൽ കണ്ടതാണേ അതുകൊണ്ട് നല്ലവണ്ണം അറിയാം ഈശ്വരനാണ് വെള്ളം ഐസാവുന്ന പോലെ നിർഗുണ ബ്രഹ്മം പലേ സഗുണരൂപങ്ങൾ പൂണ്ട് മുമ്പിലിരിക്കുകൊണ്ട് പൂജിച്ചുകൊണ്ടേയിരിക്കുക ഉള്ളുകൊണ്ട് കണ്ടറിഞ്ഞുകൊണ്ടേയിരിക്കുക സർവം ഖലു ഇതം ബ്രഹ്മ തജ്ജലാൻ ഇത് ശാന്ത ഉപാസീത ഈ കാണുന്നതൊക്കെ തന്നെ ബ്രഹ്മമാണ് ബ്രഹ്മത്തിൽ നിന്ന് പൊന്തുന്നു ബ്രഹ്മത്തിൽ നിൽക്കുന്നു ബ്രഹ്മത്തിൽ ലയിക്കുന്നു ബ്രഹ്മം തന്നെ ഇവിടെ ബ്രഹ്മമല്ലാതെ വേറെ ഒരു വസ്തു ഇല്ല സ്ത്രീയും പുരുഷനും നമുക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ആ പരമാത്മാവിന്റെ സ്വരൂപമാണെന്ന് ഉള്ളുകൊണ്ട് നിശ്ചയിച്ച പുറമേക്ക് വേണമെന്നില്ല ഉള്ളുകൊണ്ട് നിശ്ചയിച്ചാൽ വ്യവഹാരത്തിൽ ചിലപ്പോൾ കാണിച്ചാൽ ആരെങ്കിലും മുതലെടുക്കും അതുകൊണ്ട് ഉള്ളുകൊണ്ട് നിശ്ചയിച്ചാൽ ശാന്തി നല്ല അഗാധമായ ശാന്തി ഈ ശാന്തിയാണ് സഹജ നിർവികൽപ്പ സമാധി അതായത് വ്യവഹാര ദശയിലും പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ സ്വരൂപം എന്തൊക്കെ തന്നെ കണ്ടാലും ഭഗവാന്റെ സ്വരൂപം ഇതാണ് വിശ്വരൂപ ദർശനത്തിന്റെ ലക്ഷ്യസ്ഥാനം ഇപ്പോ പത്താമത്തെ അധ്യായം വരെ അർജുനന് അറിയേണ്ടതൊക്കെ അർജുനൻ അറിഞ്ഞു കഴിഞ്ഞു നിർവികൽപ്പമായ തത്വം ഗ്രഹിച്ചു കഴിഞ്ഞു അർജുനൻ ഇപ്പോ അർജുനൻ പറയണത് നിർവികൽപ്പ സമാധി വിട്ടു ഉണർന്നാൽ ഈ പ്രപഞ്ചം കാണപ്പെടുമല്ലോ ആ പ്രപഞ്ചത്തിനെയും ഭഗവാനെ അവിടുത്തെ സ്വരൂപമായിട്ട് എനിക്ക് കാണണം നിർവികൽപ്പമായി നിർഗുണമായി നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായി ബ്രഹ്മത്തിനെ അറിഞ്ഞു പക്ഷെ അത് പോരാ ഇനി വ്യവഹാര തലത്തില് എത്ര പ്രവർത്തിക്കുമ്പോഴും ഇവിടെ കാണുന്നതൊക്കെ ഭഗവാനെ അവിടുത്തെ സ്വരൂപമായിട്ട് കാണണം അങ്ങനെ കണ്ടാലേ എനിക്ക് പൂർണ്ണമായി വിജയമായുള്ളൂ അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ വിശ്വരൂപം കാണിച്ചു തരിക എന്നാണ് അർജുനൻ ഇനി പറയാൻ പോണത് ഇത്രയും നേരം മനസ്സിലായിട്ടുള്ളവർക്ക് അവർക്ക് പ്രയോജനം മനസ്സിലാകാത്തവർ അല്പമൊന്നും ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം ഇനി നമുക്ക് പതുക്കെ വിഷയത്തിലേക്ക് കടക്കാം പത്താമത്തെ അധ്യായത്തില് ഭഗവാൻ വിഭൂതികളെയൊക്കെ പറഞ്ഞു ഇപ്പൊ ഈ പതിനൊന്നാമത്തെ അധ്യായത്തില് അർജുനൻ വളരെ സന്തോഷത്തിലാണ് വളരെ ആനന്ദത്തിലാണ് എന്താന്ന് കിട്ടേണ്ടത് കിട്ടി അറിയേണ്ടത് അറിഞ്ഞു അതൃപ്തിയാണ് സന്തോഷം ആ സന്തോഷത്തിൽ അർജുനൻ ഭഗവാനോട് പറയാണ് ഭഗവാനെ അങ്ങനെ അനുഗ്രഹിച്ചു ഇനി ഒരു അനുഗ്രഹവും കൂടെ വേണം അതാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത് കാണാം ഞാൻ ശ്ലോകം ചൊല്ലാം നിങ്ങൾ അതേപോലെ ഇങ്ങോട്ട് ചൊല്ലാം അർജുനൗ വാച മതനുഗ്രഹായ പരമം ധ്യാത്മസംസ്ഥയോ വച്ചസ്ത മോഹോയ വിഗതോ മമ അർജുന ഉവാച അർജുനൻ പറയണത് മദനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസം ഹേ ഭഗവാനേ അവിടുന്ന് ഇത്രയും ദിവസം എന്നുവെച്ചാൽ ധ്യായം വരെ ഗുഹ്യം ഗുഹ്യം എന്ന് വെച്ചാൽ ഗുഹയുടെ ഉള്ളിൽ ഇരിക്കണതെന്ന അർത്ഥം ഇവിടെ ഏത് ഗുഹ എന്ന് വെച്ചാൽ ഹൃദയമാവുന്ന ഗുഹയുടെ ഉള്ളിൽ ഇരിക്കണ വസ്തു അതിനെക്കുറിച്ച് അങ്ങ് എനിക്ക് ആത്മാവിനെക്കുറിച്ച് പറഞ്ഞു കൃഷ്ണൻ പത്ത് പത്താം അധ്യായം വരെ ആത്മാവിനെക്കുറിച്ച് അർജുനന് പറഞ്ഞു കൊടുത്തു അധ്യാത്മസംജിതം ം വശന മോഹോയം വിഗതോ മമ അങ്ങ് പറഞ്ഞു തന്ന ആ വാക്കുകൾ കേട്ടിട്ട് എന്റെ ഉള്ളിലുള്ള മോഹമൊക്കെ വിട്ടുപോയിരിക്കണം അജ്ഞാനം എന്നെ വിട്ടുപോയിരിക്കണം ഉള്ളിലുള്ള അജ്ഞാനം അവിദ്യ നമുക്ക് ആകപ്പാടുള്ള സ്വത്താണതെ എത്രയോ ജന്മങ്ങളായി ആർജിച്ചു വെച്ചിരിക്കുന്ന സ്വത്ത് അവിദ്യ അജ്ഞാനം അജ്ഞാനം എന്ന് വെച്ചാൽ എന്തെങ്കിലും അറിയാതിരിക്കൽ എന്നല്ല അർത്ഥം ഈശ്വരനെ അറിയണില്ല ഈശ്വരൻ അല്ലാത്തതിനൊക്കെ അറിയുന്നുണ്ട് അജ്ഞാനത്തിന് ജ്ഞാനത്തിനും ഇത്രയും വ്യത്യാസമുള്ളൂ അജ്ഞാനം എന്ന് വെച്ചാൽ ഈശ്വരനെ അറിയണില്ല ഈശ്വരനല്ലാത്തതിനൊക്കെ അറിയണുണ്ട് ജ്ഞാനം എന്ന് വെച്ചാൽ ഈശ്വരനെ മാത്രം അറിയണൂ ബാക്കിയുള്ളതൊക്കെ മറഞ്ഞുപോയി ബാക്കിയുള്ളത് ഇല്ലാതായാൽ അതിന് ജ്ഞാനം എന്ന് പേരും ഇപ്പൊ ഒന്ന് എന്നിട്ട് പൂജ്യം പൂജ്യം പൂജ്യം പൂജ്യം നിട്ടാൽ പൂജ്യത്തിനൊന്നും വാസ്തവത്തിൽ വിലയില്ല പക്ഷെ ഒന്ന് ഇട്ട് കഴിയുമ്പോ പൂജ്യത്തിനൊക്കെ വില കൂടി ഓരോ പൂജ്യം ഇടുമ്പോഴും വാല്യൂ കൂടിക്കൂടി വരും പക്ഷെ ഒന്നിടാതെ വെറുതെ പൂജ്യം ഇട്ടുകൊണ്ടേയിരുന്നാലോ അല്ല വിലയുണ്ടോ അതുപോലെ ഈശ്വരനെ ചേർത്തിട്ട് ഇനി ലോകത്തിലുള്ള എന്തൊക്കെ വസ്തുക്കൾ ചേർത്താലും വിലയുണ്ട് പക്ഷെ ഈശ്വരൻ ഇല്ലെങ്കിൽ എന്തൊക്കെ തന്നെ നേടിയാലും നേടിയെടുത്തതൊക്കെ പരാജയം എന്തൊക്കെ ജോലി സമ്പാദിച്ചാലും എത്ര പണം സമ്പാദിച്ചാലും എത്ര വലിയ പൊസിഷനിലുണ്ടെങ്കിലും ഈശ്വരാനുഭവം ഇല്ലെങ്കിൽ ഭഗവാനെ ജീവിതത്തിൽ കൂട്ടുപിടിച്ചിട്ടില്ലെങ്കിൽ കൂടെ ചേർത്തിട്ടില്ലെങ്കിൽ ഈ നേടിയതൊക്കെ തന്നെ അവസാനം പരാജയമായിട്ടിരിക്കും ഇപ്പോ അവിദ്യ എന്ന് വെച്ചാൽ അതാണ് ഈശ്വരനെ വിട്ടിട്ട് പൂജ്യം കൂട്ടുന്തോറും അവിദ്യ ഓരോ പൂജ്യം ഈശ്വരൻ വിട്ടുകഴിഞ്ഞ് പൂജ്യം എത്ര കൂട്ടുന്നു അത്രയും അവിദ്യ അല്ലെങ്കിൽ കുറവാണ് ഇപ്പോ കാര്യമായി ഈശ്വര വിശ്വാസമൊന്നും ഇല്ലാതെ പരമദരിദ്രനായി എന്തോ അന്നന്ന് കിട്ടണത് കൊണ്ട് കഴിഞ്ഞ ആൾക്ക് അത്ര ദുഃഖമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈശ്വര ജ്ഞാനം കൂടാതെ എത്ര കണ്ട് പണം സമ്പാദിക്കണോ അത്ര കണ്ട് ദുഃഖം കൂടി വരും എത്ര കണ്ട് വലിയ പൊസിഷനിൽ ഇരിക്കണോ അത്ര കണ്ട് ദുഃഖം കൂടിക്കൊണ്ടുവരും എന്തൊക്കെ പ്രവർത്തിക്കണോ അതിനനുസരിച്ച് ദുഃഖം കൂടിക്കൊണ്ടുവരും പക്ഷേ ഈശ്വരനെ കൂട്ടുപിടിച്ചിട്ട് ദരിദ്രനായിരുന്നാലും സുഖമായിട്ടിരിക്കാം ചക്രവർത്തിയായിരുന്നാലും സുഖമായിരിക്കാം ഭാഗവതത്തിൽ ഇതിന് രണ്ടിന് ഉദാഹരണമാണ് കുചേലൻ കുചേലനും അംബരീഷനും കുചേലൻ കൃഷ്ണന്റെ അടുത്ത് പോയി നമ്മൾ ചിലപ്പോ കുചേലന്റെ കഥയൊക്കെ പരമവഷമത്തിലായിട്ടായിരിക്കും കേൾക്കാം കുചേലൻ കൃഷ്ണന്റെ അടുത്ത് പോയി കൃഷ്ണൻ ചോദിക്കുന്നു കുചേലനോട് സുധാമാവെ എങ്ങനെ ഇരിക്കുന്നു സമൃദ്ധ സമൃദ്ധമായിട്ടിരിക്കണോ അത്ര എന്ത് സമൃദ്ധി എന്ന് വെച്ചാൽ ശാന്തി സമൃദ്ധമൃതം നല്ല ശാന്തി ഉള്ളതുകൊണ്ട് സമൃദ്ധി ഉള്ളു നിറഞ്ഞിരിക്കണമേ ശാന്തി ഈ ശാന്തി എവിടുന്ന് വന്നു വെച്ചാൽ ഗുരുരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ ഗുരുവിന്റെ അനുഗ്രഹം ജ്ഞാനം പ്രകാശിച്ചു ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസപ്പാരമ്ണുത എന്നാണ് അറിയേണ്ടത് അറിഞ്ഞതുകൊണ്ട് ഇരുട്ടൊക്കെ നീങ്ങി അവിദ്യയൊക്കെ നീങ്ങി നല്ല ആത്മതത്വ നിശ്ചയം അതുകൊണ്ട് ഈ ദാരിദ്ര്യത്തിലും നല്ല ശാന്തി അത്ര കുചേലനം ഇനി വേറെ ഒരാള് നമ്മളുടെ മതത്തില് നമ്മൾ പറയണത് ഭഗവാൻ ഉണ്ടെങ്കിൽ ദാരിദ്ദരിദ്രനാണെങ്കിലും പണക്കാരനാണെങ്കിലും സൗഖ്യമായിട്ടിരിക്കും പക്ഷേ യേശു ക്രിസ്തു കുറച്ച് സന്യാസി ബുദ്ധിയാണ് ക്രിസ്തു ഒരിടത്ത് പണക്കാരനെ ഒരു ഒട്ടകത്തിന് സൂചിന്റെ ദ്വാരത്തിനുള്ളിൽ കൂടെ കടത്തിയാ പോലും സാധിച്ചാൽ പോലും ഒരു പണക്കാരന് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റില്ല എന്നാണ് എന്ന് വെച്ചാൽ ക്രിസ്തു അതുകൊണ്ട് ഉദ്ദേശിച്ചത് മമത പോണം എന്നാണ് ഇതെന്റെയാണ് ധനം ധനം ഞാൻ വെച്ചുകൊണ്ടിരിക്കണമെന്നുള്ള ഭാവം പോണം അകിഞ്ചലത്വം പക്ഷേ ഭാഗവതത്തിൽ നമുക്കതിനൊരു വിപരീത ഉദാഹരണം അംബരീഷൻ ചക്രവർത്തിയായിരിക്കുന്നു സമൃദ്ധമായ രാജ്യം എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് അതിന്റെ നടുവിലിരുന്നിട്ട് അംബരീഷം പറയുന്നു ഈ കാണുന്നവർക്ക് വെറും സ്വപ്നം ഗന്ധർവനഗരപ്രഖ്യം ഇതൊക്കെ ഗന്ധർവനഗരം പോലെ ഭഗവാൻ ഒന്നു മാത്രം ഉണ്ണ ഈ കാണുന്നതൊക്കെ കള്ളം എന്ന് പറഞ്ഞിട്ട് ചക്രവർത്തിയായിട്ടിരുന്നിട്ട് പരമശാന്തിയായിട്ടിരിക്കുന്നു അംബരീഷം രണ്ടിനും ഉദാഹരണം ചക്രവർത്തിയായിരുന്നു ശാന്തിയായിരിക്കണം ഒരാളും പരമദരിദ്രനായിട്ട് ശാന്തിയായിരിക്കണം ഒരാൾ ഇവർ രണ്ടുപേരും ഭഗവാനെ കൂടെ ചേർത്തു വിദ്യ ഉണ്ടെങ്കിൽ വിദ്യ എന്ന് വെച്ചാൽ ഈശ്വരജ്ഞാനം ഭഗവത് ആത്മജ്ഞാനം ആത്മജ്ഞാനമുണ്ടെങ്കിൽ ജീവിതം ധന്യം ആത്മജ്ഞാനം ഉണ്ടെങ്കിൽ മോഹം വിട്ടുപോകും മോഹം എന്ന് വെച്ചാൽ ലോകത്തിലുള്ള വസ്തുക്കൾ സുഖിപ്പിക്കും എന്നുള്ള അന്ധവിശ്വാസം അതാണ് അന്ധവിശ്വാസം നമ്മൾ അന്ധവിശ്വാസം എന്ന് വെച്ചാൽ അമ്പലത്തിലേക്ക് പോണതാണ് അന്ധവിശ്വാസം എന്നാണപ്പോ ലോകത്തിലുള്ള വസ്തുക്കൾ സുഖിപ്പിക്കും എന്ന് പറഞ്ഞ ഒരു ഭ്രമം ഉണ്ടല്ലോ അതാണ് അന്ധവിശ്വാസം ഇപ്പൊ ഒരു പുതിയ ഗ്രഹം കണ്ടുപിടിച്ചുവല്ലോ അതെന്തോ ഒരു അറിവാണ് എന്ന് അതാണ് അന്ധവിശ്വാസം എത്രയോ പ്രകാശ ദൂരത്തിൽ പുതിയ ഗ്രഹം കണ്ടുപിടിച്ചു അത്രയും പത്രത്തിലുണ്ടായിരുന്നു എന്ത് പ്രയോജനം കണ്ടുപിടിച്ചിട്ട് എന്ത് പ്രയോജനം നല്ല സുഖം കൂടിയോ അല്ലെങ്കിൽ ഇപ്പൊ ആ കുറിച്ച് ചിന്തിച്ച് രാത്രി കടന്നാൽ നല്ലവണ്ണം ഉറക്കം വരുവോ അതൊന്നുമില്ല അതാണ് അന്ധവിശ്വാസം നമുക്കൊരു വിധത്തിലും പ്രയോജനപ്പെടാത്ത വസ്തുക്കളെക്കുറിച്ച് അറിയണതും അതിലേക്ക് പ്രയത്നിക്കതും അല്ലാതെ അതിനെയൊക്കെ വിട്ടുമാറ്റി ആത്മാവിനെ അറിയ തന്നെ അറിയുക തന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തിയാൽ ശാന്തി ഭഗവാനെ കണ്ടെത്തിയാൽ ശാന്തി ഇതാണിവിടെ അർജുനനും ഭരണത്തെ അങ്ങയുടെ വാക്കുകൾ കേട്ട് എന്റെ അജ്ഞാനം നീങ്ങിയിരിക്കുന്നു മോഹോയം വിഗതോമമാ ഉള്ളിലുള്ള മോഹം പോയി അടുത്ത ശ്ലോകം ഭവാപ്യയോഹിഭൂതാനം യാത്രാക്ഷ്മ്യൂതം വിസ്തരശോ ത്വത്തമലപാക്ഷ മാഹാത്മ്യമപി ചയം ഭഗവാനെ അങ്ങയുടെ മാഹാത്മ്യവും ഞാൻ കേട്ടു ഭഗവാന്റെ മാഹാത്മ്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ അധ്യായത്തില് വിഭൂതി പറഞ്ഞുവല്ലോ അതാണ് മാഹാത്മ്യം അതും അവ്യയമായ മഹാത്മ്യം എടുത്താൽ തീരാത്തതാണ് അവ്യയം ഒരിക്കലും കഴിഞ്ഞു പോവാത്തതെന്നർത്ഥം ബോധത്തിൽ നിന്നും പ്രപഞ്ചം നിരന്തരമുണ്ടായിക്കൊണ്ടിരിക്കുന്നു ബോധത്തിൽ ഒരു കൂടുതലും കുറവും അതുകൊണ്ടില്ല അത് അവ്യയം നമ്മളുടെ സ്വരൂപം അവ്യയമാണ് നാശമില്ലാത്തത് അഴിവില്ലാത്തത് അതിനെക്കുറിച്ച് കേട്ടു അതിൽ ഭവാപ്യയവും വിശലമായ ബോധത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരം നടന്നുകൊണ്ടേയിരിക്കണം പക്ഷെ ആ ബോധം ഒരുവിധത്തിലും ഇതുകൊണ്ട് ബാധിക്കപ്പെടുന്നില്ല ബോധമാണ് ആത്മാവ് ബോധം എന്ന് വെച്ചാൽ ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവ് അഹമസ്മി ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവ് അതിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം ഇതൊക്കെ നമ്മൾക്ക് നമ്മളെ കണ്ടുപിടിച്ചാൽ മനസ്സിലാവും നമ്മളുടെ സ്വരൂപം എന്താണ് ഞാൻ എന്താണ് ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്താൽ ഭവാപ്യയം അതായത് സൃഷ്ടിയും സംഹാരവും സൃഷ്ടിയും ലയവും അവിടെ കാണാം ഭവാപ്യയൂഹി ഭൂതാനാം ശ്രുതവും വിസ്തരഷവും അയാ എവല്യൂഷനും റിസൊല്യൂഷനും നമ്മളിൽ നടക്കണോ ദിവസം നമ്മളിപ്പോ രാത്രി പോയി കിടന്നാൽ പ്രപഞ്ചവും ശരീരവും ഒക്കെ മറയും അല്ലെ ഉറക്കത്തില് രാവിലെ എഴുന്നേൽക്കുമ്പോ ശരീരവും പ്രപഞ്ചവും ഒക്കെ പൊന്തി വരും ദിവസം നടക്കുന്നുണ്ട് പ്രളയവും സൃഷ്ടിയും നമ്മളില് ഭവാപ്യയൗഹിഭൂതാനാം സൃഷ്ടിയും ലയവും പ്രളയവും നടക്കണോ നമ്മളില് ഇതിനെക്കുറിച്ച് അർജുനന് നല്ലവണ്ണം ഭഗവാൻ പറഞ്ഞു കൊടുത്തു ശ്രുതവും വിസ്തരഷവുമായ വിസ്താരമായിട്ട് കേട്ടു എങ്ങനെയാണ് ഈ പ്രപഞ്ചം പൊന്തി വരുന്നത് പ്രപഞ്ചം എവിടെ നിൽക്കണു പ്രപഞ്ചം എവിടെ ലയിക്കണം ഇതിനൊക്കെ ആശ്രയം ആത്മാവാണ് സച്ചിദാനന്ദമാണ് ഞാനാവും ആത്മാവിലാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത് ആത്മാവിൽ ലയിക്കണം ആത്മാവിൽ നിന്ന് പൊന്തി വരുന്നു ഇത് നല്ലവണ്ണം അർജുനന് ഭഗവാൻ ബോധിപ്പിച്ചു കൊടുത്തു അതുമാത്രമല്ല ഈ പൊന്തി കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ അനേക വിഭൂതികളും പറഞ്ഞു അതാണ് മഹാത്മ്യം അഭിച്ച അവ്യയം അവതാരം അവതാരം എന്ന് പറയണമല്ലോ എത്ര അവതാരങ്ങളാ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ അവതാരമാണ് അവതാരാഹ്യ അസംഖ്യേയാ ഹരേ സത്യനിധേർദ്വിജ ഭാഗവതം പറയണത് ഹരിയുടെ അവതാരത്തിന് കണക്കില്ല കാരണം പൊന്തിവരുണതൊക്കെ ഹരിയുടെ അവതാരമാണ് യഥാ വിദാസീന കുല്യാ സരസഹ സ്യുഹു സഹസ്രശ ഒരു സരസിൽ നിന്നും അനേക ചാലുകൾ പുറമേക്ക് വരുന്ന പോലെ ബ്രഹ്മമാവുന്ന ആ സരസിൽ നിന്നും അനേകം അവതാരങ്ങൾ പൊന്തി വരും ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ അവതാരമാണ് കാണുന്നതൊക്കെ ഭഗവാന്റെ സ്വരൂപമാണ് നമുക്കത് നാമരൂപങ്ങൾ എടുത്തു മാറ്റിയാൽ ബ്രഹ്മം നാമരൂപങ്ങളോടുകൂടെ നോക്കിയാൽ ലോകം നാമരൂപങ്ങൾ എടുത്താൽ ഇവിടെ സ്ത്രീയില്ല പുരുഷനില്ല മരമില്ല ആകാശമില്ല എല്ലാത്തിലും ഒരേ വസ്തു പ്രപഞ്ചത്തിൽ മുഴുവൻ ആ ബ്രഹ്മവസ്തു ഇതാണ് ഭഗവാന്റെ മാഹാത്മ്യമഭിചാവ്യയും ഭഗവാന്റെ മാഹാത്മ്യം കണ്ടു കാണുന്നതൊക്കെ ഭഗവത് സ്വരൂപമായിട്ട് കണ്ടു ഇതൊക്കെ അറിഞ്ഞു ഇപ്പൊ അർജുനൻ പറയണത് നീ അറിഞ്ഞതൊന്ന് കാണണം എന്നൊരാഗ്രഹം ഭഗവാൻ പറഞ്ഞുവല്ലോ അർജുന ഈ കാണുന്നതൊക്കെ ഞാനാണ് ഇതിലൊക്കെ ഞാൻ നിറഞ്ഞു നിൽക്കണമെന്നൊക്കെ പറഞ്ഞു മയാ തഥമിതം സർവം ജഗത് അവ്യക്തമൂർത്തിനാം ഈ കാണുന്ന ജഗത്ത് മുഴുവൻ ഞാൻ വ്യാപിച്ചു നിൽക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു അതൊന്ന് കണ്ടാൽ വേണ്ടില്ല എന്ന് അർജുനനൊരാഗ്രഹം അതാണ് അർജുനൻ തന്റെ ആഗ്രഹത്തിനെ ഭഗവാനോട് പറയ അതായത് വിശ്വരൂപദർശനം പ്രാണപ്രസരമാണ് വിശ്വരൂപദർശനം ഈ വിശ്വത്തിനെ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന പ്രാണന്റെ സാക്ഷാത്കാരം ആ പ്രാണനെ കണ്ടാൽ ഇപ്പൊ സയൻസ് പറയണത് ഇവിടെ മൈക്ക് ഇല്ല എന്നാണ് പറയണത് സൂക്ഷിച്ചു നോക്കിയാൽ അനേകം ചെറിയ ചെറിയ ആറ്റംസ് വോളിക്യൂൾസ് അതിന്റെ ഉള്ളിൽ ആറ്റംസ് അതിന്റെ വൈബ്രേഷനാണ് ഈ മൈക്കിന്റെ രൂപത്തിൽ നിൽക്കുന്നത് നിരന്തരം ഇവിടെ വൈബ്രേഷനാണ് ഈ കാണുന്നതൊക്കെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് ഈ പ്രപഞ്ചം മുഴുവൻ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടാൽ എങ്ങനെയുണ്ടാവും ഇപ്പോ എന്റെ ശരീരത്തില് ഇടയ്ക്കിടയ്ക്ക് ഇതപ്പോ ഒരു പാറ്റ വന്നിരിക്കണം ശരീരത്തിൽ എവിടെ പാറ്റ വന്നിരുന്നാലും എന്റെ മേലെയാണ് വന്നിരിക്കുന്നത് അല്ലെ കാലില് വന്നിരുന്നാലും തലയിൽ വന്നിരുന്നാലും ഒക്കെ പക്ഷെ ആ പാറ്റയ്ക്ക് ഇത് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് ഭയങ്കര ദൂരമുള്ളതായിട്ട് തോന്നും പക്ഷെ എവിടെയിരുന്നാലും എന്നിലാണ് ഇരിക്കുന്നത് അതേപോലെ വിശ്വത്തിൽ നമുക്ക് ഇവിടെ നടക്കുന്ന കാര്യം മനസ്സിലാവണോ അമേരിക്കയിൽ നടക്കുന്നത് അറിയണില്ല വളരെ ദൂരമുണ്ട് പക്ഷെ വിശ്വമേ ശരീരമായാൽ അഹമേവ വിശ്വതനു ഹരിനാരായണായ നമ വിശ്വതനു വിശ്വമേ ശരീരമായി അത് ഞാനാണെന്ന് ഒരാൾക്കൊരു അഭിമാന സാക്ഷാത്കാരം ഉണ്ടായാൽ മുഴുവൻ പ്രാണപ്രസരം പ്രചരം പ്രപഞ്ചത്തിലുള്ളതൊക്കെ തന്നിൽ നടക്കുന്നതായിട്ട് കാണാം ഒരേ സ്ഥലത്ത് കാണാം ഒരേ സ്ഥലത്ത് നടക്കുന്നതായിട്ട് കാണാം ഇത് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊരു അനുഭവത്തിനെയാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് മൂന്നാമത്തെ ശ്ലോകം ഏവമേതദ്യാത്തത്വം ആത്മാനം പരമേശ്വരാ ദ്രഷ്ടമിച്ഛാമിതേ രൂപം യഥ ആത്ഥ ആത്മാന പരമേശ്വര ദ്രുച്ഛാഷോത്തമാണ ഭഗവാനെ വിളിക്കുന്നത് പുരുഷോത്വമെന്ന് വെച്ചാൽ ജീവാത്മാവുമല്ല ക്ഷേത്രജ്ഞനുമല്ല അന്ധകരണത്തിനൊതുങ്ങി നിൽക്കണ വസ്തുവല്ല എല്ലാത്തിനും സാക്ഷിയായി സർവവുമായി വ്യാപിച്ചു നിൽക്കണ വസ്തു പുരുഷയേവേതം വിശ്വം കർമ്മതപോ ബ്രഹ്മപരാമൃതം ഏതദ്യോ വേദനിഹിതം ഗുഹാ സോ വിദ്യഗ്രന്ഥിം വികരതീഹ സൗമ്യ ഈ പ്രപഞ്ചം മുഴുവൻ പുരുഷൻ ഉള്ളിലും പുറത്തും സർവത്ര പുരുഷൻ പുരുഷ ഏവേദം വിശ്വം കർമ്മ തപോ ബ്രഹ്മ പരാമൃതം എല്ലാം ആ പുരുഷൻ പരമപുരുഷൻ ആ പുരുഷൻ തന്നെയാണ് പുരുഷോത്തമൻ ഭഗവാൻ പുരുഷോത്തമനായ ഭഗവാനോട് അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനെ അങ്ങ് പറഞ്ഞുവല്ലോ ഏവമേതത് അങ്ങ് പറഞ്ഞതൊക്കെ വാസ്തവം പക്ഷേ അങ്ങയുടെ സ്വരൂപം ദ്രഷ്ടം ഇച്ഛാമിത്തെ രൂപം ഐശ്വരം പുരുഷോത്തമ അങ്ങയുടെ ഈശ്വരസ്വരൂപം ഒന്ന് കാണണം എന്ന് എനിക്കൊരാഗ്രഹം അങ്ങയുടെ ഈശ്വരസ്വരൂപം ബ്രഹ്മസ്വരൂപമല്ല ഈശ്വരസ്വരൂപം ബ്രഹ്മസ്വരൂപം എന്ന് വെച്ചാൽ നിർവികൽപ്പ സമാധി അവിടെ സൃഷ്ടി സ്ഥിതി ഒന്നുമില്ല പ്രപഞ്ചമേ ഇല്ല പ്രപഞ്ചാനുഭവമേ ഇല്ല ഇവിടെ അർജുനൻ ആഗ്രഹിക്കുന്നത് ഈശ്വരനായിട്ട് അതായത് വ്യവഹാര പ്രപഞ്ചത്തിൽ ഒരു പേഴ്സണായിട്ട് ഒരു വ്യക്തി എന്നുവെച്ചാൽ പ്രപഞ്ചരൂപം പ്രപഞ്ചമേ തന്റെ ശരീരമായിട്ടുള്ള വ്യക്തി അങ്ങനെയുള്ള ഭഗവാനാണല്ലോ നമുക്ക് വേണ്ടത് ജീവിക്കുമ്പോൾ നിർഗുണമായ ബ്രഹ്മത്തിനെയൊക്കെ അറിഞ്ഞാലും വ്യവഹാര ദശയിൽ നമ്മൾ വ്യവഹരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് കൂട്ടിനൊരു ഭഗവാൻ വേണം കൂടെ നടക്കണ ഭഗവാൻ വേണം ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശേഷവും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വരണം ഭഗവാനെ കൂടെ വെച്ചുകൊണ്ട് ഭക്തിഭാവം ഭഗവാന്റെ ദാസനായിട്ടോ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണ് ചെയ്യണത് എന്നുള്ള ബുദ്ധിയോടുകൂടെ ഇപ്പൊ ഇനി അർജുനന് കാണിച്ചു കൊടുത്ത പോലൊരു വിശ്വരൂപം നമുക്ക് കണ്ടാൽ പിന്നെ നമുക്ക് സംശയമേ ഉണ്ടാവില്ല എല്ലാ ഭഗവാനാണ് ചെയ്യണത് ഈ വിശ്വരൂപം കാണാത്തത് കൊണ്ടാണ് അജ്ഞാനം നിൽക്കുന്നത് ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞാൻ പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള അജ്ഞാനം നിൽക്കാൻ കാരണം ഈ വിശ്വരൂപ ദർശനമില്ലാത്തതുകൊണ്ട് വിശ്വരൂപം കണ്ടാൽ മനസ്സിലാവും നമ്മളില്ല ഞാൻ എന്നൊന്നില്ല പ്രപഞ്ചത്തിലെല്ലാം ഒരു മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു കാരണം ഇനി അർജുനന് വരാൻ പോണതൊക്കെ ഭഗവാൻ കാണിച്ചു കൊടുക്കാൻ പോണം നമുക്കിപ്പോ ഒരു വിശ്വരൂപം കാണിച്ചു തന്നാൽ ഇപ്പൊ എനിക്കാണ് കാണിച്ചു തരേണ്ടതെന്ന് വെച്ചാൽ എന്റെ നാൽപ്പതാമത്തെ വയസ്സ് അമ്പതാമത്തെ വയസ്സ് മരിക്കണ സമയം സകലത്തിന് മുമ്പിൽ കാണും പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഒക്കെ ഒരേ സമയത്ത് മുമ്പിൽ കാണാം എല്ലാം ഇവിടെ ഇപ്പൊ ഉണ്ട് യോഗവാസിഷ്ടത്തില് പറയുന്നു സർവമസ്തി ചിത കോശേ ബോധമാവുന്ന ഒരു സഞ്ചിയുടെ ഉള്ളിൽ പാസ്റ്റും പ്രസന്റും കാലവും ദേശവും ഒക്കെ ഉള്ളിൽ അടങ്ങിക്കിടക്കണു വേണമെങ്കിൽ എപ്പൊ വേണമെങ്കി മുമ്പിൽ പ്രകാശിക്കും കണ്ട എങ്ങനെയുണ്ടാവും പേടിച്ചു പോകും ചിലപ്പം അർജുനനെ ഭയപ്പെടുന്നു രാമകൃഷ്ണ പരമംസരുടെ മുമ്പില് ഒരിക്കല് നരേന്ദ്രനാഥ് വിവേകാനന്ദൻ ഒരു ദിവസം ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനാഥിന്റെ അടുത്ത് അഷ്ടാവക്ര സംഹിത വായിക്കാൻ പറഞ്ഞു അഷ്ടാവക്ര സംഹിതയിൽ എല്ലാം ബ്രഹ്മമാണ് കാണുന്നതൊക്കെ ആത്മാവാണ് ഈശ്വരനാണെന്ന് പറഞ്ഞിരിക്കും അന്നത്തെ സമയത്ത് നരേന്ദ്രനാഥൻ അത് സ്വീകരിക്കാൻ പറ്റിയില്ല ആ പക്വത വന്നിട്ടില്ല അദ്ദേഹത്തിന് തമാശ തോന്നി എല്ലാം ബ്രഹ്മം അത്ര എന്ന് പറഞ്ഞിട്ട് ശ്രീരാമകൃഷ്ണദേവന്റെ ഒരു ബന്ധു പ്രതാപ് ചന്ദ്ര ഹസ്സറ ആ ഹസ്സനാവുമായിട്ട് നരേന്ദ്രനാഥ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതിനെ കളിയാക്കി പറഞ്ഞു എല്ലാം ബ്രഹ്മമാണത്രേ ഈ പാത്രവും ബ്രഹ്മം ഇവിടെ സ്റ്റൂളും ബ്രഹ്മം ആ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ചെയറ് ബ്രഹ്മം തൂണ് ബ്രഹ്മം ഇതിനേക്കാളും വിഡ്ഢിത്തം വല്ലതും ഉണ്ടോ നിങ്ങൾ ബ്രഹ്മം യാം ബ്രഹ്മം എന്തൊരു വിഡ്ഢിത്തം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കാം അപ്പൊ ശ്രീരാമകൃഷ്ണ പരമവംസർ ഇവര് ചിരിക്കുന്നത് കേട്ടിട്ട് മുറിയിൽ നിന്ന് പുറത്തു വന്നു വരുമ്പോ അദ്ദേഹം തന്നെ ഒരു ഭാവസ്ഥ ഭാവസ്ഥാൽ ഗുരുവിന്റെ ശരീരം മുഴുവൻ ഓരോ കോശങ്ങളും പ്രാണസ്പന്ദനമേറ്റു നിൽക്കാം ഓരോ കോശങ്ങളിലും പ്രാണൻ അങ്ങനെ സ്പന്ദിച്ചു നിക്കണെന്നർത്ഥം അതായത് അത് എങ്ങനെ എപ്പോ വേണമെങ്കിൽ പ്രസരിക്കാം ആരിലേക്ക് വേണമെങ്കിൽ പ്രസരിക്കാവുന്ന അവസ്ഥ ശ്രീരാമകൃഷ്ണദേവൻ അങ്ങനെ ഒരു മദ്യപനെ പോലെ അങ്ങനെ മുമ്പിൽ വന്ന് നിന്നിട്ട് നരേന്ദ്രനാഥിനെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു തനിക്ക് ഇനിയും സംശയമാണല്ലേ എല്ലാം ബ്രഹ്മമാണെന്നോ പറഞ്ഞപ്പോ വിശ്വാസം വരണില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തു തൊട്ടു എത്രയാണ് ഒന്ന് സ്പർശിച്ചു സ്പർശിച്ചപ്പോ നരേന്ദ്രനാഥിന് പ്രപഞ്ചം മുഴുവൻ ഇളകി മറിയണതായിട്ടും സർവത്തിലും ബോധം നിറഞ്ഞു നിൽക്കുന്നതായിട്ടും താൻ എന്തിനെയൊക്കെ കളിയാക്കിയോ ആ വസ്തുക്കളൊക്കെ തന്നെ അഖണ്ഡമായി ഒരു ബോധസമുദ്ര സമുദ്രത്തിൽ ഒരലയായിട്ട് ഒരു കുമളയായിട്ട് ഈ പാത്രം ബ്രഹ്മം എന്ന് പറഞ്ഞു ആ പാത്രം ആ അഖണ്ഡ ബോധ സമുദ്രത്തിൽ ഒരല പ്ലാസ്റ്റിക് ചെയ അഖണ്ഡ ബോധസമുദ്രത്തിലൊരല കാണുന്ന വസ്തുക്കളൊക്കെ അതായിട്ട് തോന്നും ഒരു രണ്ടു മൂന്ന് ദിവസം മൂണ് കഴിക്കാൻ അന്നം കയ്യിലെടുത്താൽ അത് വേറെയല്ല താൻ വേറെയല്ല എന്ന് തോന്നുന്നു വീട്ടിലെത്തിയാൽ അമ്മയാണെന്നോ സഹോദരിയാണെന്നോ ഒന്നും തോന്നണില്ല കാണുന്ന വസ്തുക്കളൊക്കെ ഇത് ഇത്തരം അവസ്ഥ പ്രാണൻ പ്രസരിച്ച് ശരീരം മുഴുവൻ പ്രസരിച്ചുകൊണ്ടിരിക്കുക കാണുന്നതൊക്കെ ആ പ്രാണന്റെ ചലനമായിട്ട് കാണുന്നു പ്രാണന്റെ സ്പന്ദനമായിട്ട് കാണുന്നു എല്ലാത്തിനും അത് തന്നെ കാണുന്നു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് പതുക്കെ അത് വന്നു ആ അവസ്ഥയെന്ന് ചോട്ടിലേക്ക് വന്നു അപ്പോ എത്രയോ ഗുരുക്കന്മാർ ഇതുമാതിരി അനുഗ്രഹിച്ചിട്ടുണ്ട് ശിഷ്യന്മാർ ചിലപ്പോഴൊക്കെ നമുക്ക് ചില മഹാത്മാക്കളുടെ സന്നിധിയിൽ ഇങ്ങനെ ചില അനുഭവമൊക്കെ ഉണ്ടാവും ഇതുപോലെയൊന്നും അല്ലെങ്കിലും ചില ലഹരി പിടിക്കും ഈ ലഹരിയൊക്കെ പിടിക്കുന്നത് ഈ പ്രാണന്റെ ഇൻഫ്ലുവൻസ് ആണ് ചൈതന്യ മഹാപ്രഭു ഒരിക്കലും സമുദ്രത്തിൽ വീണു ഭാവസമാധിയില് ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കീർത്തനം ചെയ്തുകൊണ്ട് സമുദ്രത്തിൽ വീണു പ്രജ്ഞയിലാ വീണു അപ്പൊ ആ സമയത്ത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുക്കുവൻ അയാളുടെ വലയിട്ടിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ പിടിച്ചു രക്ഷിക്കാനായിട്ട് എന്നിട്ട് വലയിലങ്ങനെ പിടിച്ചു വലിച്ചെടുത്ത് കെട്ടിപ്പിടിച്ചു ചൈതന്യ മഹാപ്രഭുവിനെ ആലിംഗനം ചെയ്ത് കരയിലേക്ക് വലിച്ചുകൊണ്ടുവന്നു കരയിൽ കൊണ്ടുവന്ന് ചൈതന്യ മഹാപ്രഭുവിനെ ഇട്ടതോടുകൂടി ഇയാൾ നർത്തനം ചെയ്യാൻ തുടങ്ങി ആടുകയും പാടുകയും ലഹരി പിടിച്ചു ലഹരി പിടിച്ചു അയാൾക്ക് ഇനി മീൻ പിടിക്കാനല്ല മീനിന്റെ അടുത്തുകൂടെ പോകാൻ വയ്യ കാണുന്നതൊക്കെ ആനന്ദം സദാസമയം ഈ നാമവും സങ്കീർത്തനം ചെയ്യുന്നതുകൊണ്ട് ഓടുക പാടുക നർത്തനം ചെയ്യാം ഈ മുഖോസ്ത്രീകളൊക്കെ ഇയാൾക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് വിചാരിച്ചു അവസാനം ഇവരുടെ വീട്ടിലുള്ള ആളുകളൊക്കെ കൂടെ ബന്ധുക്കളൊക്കെ കൂടെ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ശരിയാക്കണം ഇയാളിങ്ങനെ ആടിപ്പാടിക്കൊണ്ടിരുന്ന നാളെ എങ്ങനെ മീൻ പിടിക്കാൻ പോകും കുടുംബം നടക്കണ്ടേ ചൈതന്യ മഹാപ്രഭു പ്രത്യേകിച്ച് ഒരു വീട്ടിൽ പോയിട്ട് ആ വീട്ടിൽ നിന്ന് ഒരു പിടി അരി വാങ്ങിച്ചു കൊണ്ടുവന്ന് ചോറ് വെച്ച് ഇയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു അത്രയും അത് കൊടുത്താൽ ഈ ഭാവമൊക്കെ പോകും അരി വാങ്ങിച്ചുകൊണ്ടുവന്ന് കൊടുത്തു അത് കഴിച്ച ഉടനെ ഇയാളുടെ ഭാവം പോയി എന്താ വീടിനെ പറഞ്ഞത് എന്ന് ഭക്തന്മാര് ചോദിച്ചപ്പോ പറഞ്ഞു അയാള് നുണ പറഞ്ഞിട്ടും ചതിച്ചിട്ടും ഒക്കെ പണം അവിടുന്ന് വാങ്ങിയിട്ട് ആഹാരം കഴിച്ചാൽ ഈ ഉണ്ടായ ഒക്കെ പോയിക്കൊള്ളും ഭക്തിയുടെ ഭാവമൊക്കെ അതോടെ അസ്തമിച്ചോളൂ അപ്പോ ഇത്തരം അനുഭവങ്ങളൊക്കെ പലതരത്തിലുള്ള അനുഭവങ്ങൾ ദിവ്യദർശനങ്ങൾ മഹാത്മാക്കളുടെ സന്നിധിയിലൊക്കെ ഉണ്ടാവും വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാവ്യകണ്ഠ ഗണപതി മുനി മഹായോഗിയാണ് അദ്ദേഹം അദ്ദേഹം ഒരിക്കൽ രമണ മഹർഷിയുടെ കൂടെ നടക്കായിരുന്നു അലയുടെ മേലെ തിരുവണ്ണാമലയിൽ അപ്പൊ പുറകെ നടക്കുന്ന മുനി ഉള്ളിലിങ്ങനെ സംശയിച്ചു മഹർഷി അദ്ദേഹം സുബ്രഹ്മണ്യന്റെ അവതാരമാണെന്നും ശിവന്റെ അവതാരമാണെന്നും ഒക്കെ പറയും ഇപ്പൊ ഇങ്ങനെ സംശയിച്ചുകൊണ്ട് അദ്ദേഹം ഉള്ളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് അങ്ങ് ആരാണ് അങ്ങയുടെ സ്വരൂപം എന്താണ് എന്നുള്ളുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹർഷി പെട്ടെന്ന് തിരിഞ്ഞു നിന്നു സാധാരണ മുനിയേയും വളരെ ബഹുമാനത്തോടെയും മഹർഷി വിളിക്കുകയുള്ളൂ പക്ഷേ അന്നത്തെ ദിവസം തിരിഞ്ഞു കാവ്യകണ്ഠ ഗ ഗ ഗണപതി മുനിയെ നോക്കിയിട്ട് രമണ മഹർഷി പറഞ്ഞു അത്രേ ഗണപതി എന്നെ നോക്കൂ ഈ പ്രപഞ്ചം മുഴുവൻ എന്റെ ചുറ്റും പ്രദക്ഷിണം വയ്ക്കണം ഇവിടെയുള്ള ഗോളങ്ങളൊക്കെ എന്റെ ഇടുപ്പിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കണം വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന പുരുഷോത്തമൻ എന്നുള്ള ദർശനം സർവം വ്യാപിച്ചു നിൽക്കുന്ന പുരുഷോത്തമൻ ബ്രഹ്മജ്ഞാനികളൊക്കെ ജീവൻമുക്തന്മാരൊക്കെ ഈ ഭാവത്തിലാണെന്ന് കിണത് ഭഗവാൻ മാത്രമല്ല ഭഗവാനും മുക്തപുരുഷന്മാർക്കും ഒരു ഭേദമില്ല അപ്പൊ ജ്ഞാനികളിൽ തന്നെ നമുക്കിതിനുള്ള ഉദാഹരണം കാണാം ജീവൻ തന്നെ ഇതിനുള്ള ഉദാഹരണം കാണാം അപ്പൊ അർജുനനോട് ഭഗവാൻ ചോദിക്കുന്നത് ഭഗവാനെ അങ്ങയുടെ വിശ്വരൂപം എനിക്ക് കാണിച്ചു തരൂ ഏവമേത യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര അങ്ങയുടെ വൈഭവത്തിനെക്കുറിച്ച് പറഞ്ഞുവല്ലോ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വൈഭവം അതിനെ കാണണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഭഗവാനെ ദ്രഷ്ടുമാമിതേ രൂപം ഐശ്വരം പുരുഷോത്തമ ഹേ പുരുഷോത്തമ അങ്ങയുടെ ഈശ്വര രൂപം അതായത് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്തുകൊണ്ട് സകലത്തിനും പുറകിൽ ആ മഹാശക്തിയായിട്ട് അങ്ങേ എനിക്ക് കാണണം ഈശ്വരന്റെ വൈഭവം കാണുന്നവരെ ഈശ്വരനെ നമുക്ക് മനസ്സിലാവില്ല സർവത്തിലും പുറകിൽ സർവതാ നിൽക്കുന്ന വസ്തു പൂർണ്ണ ഞാനും ഉണ്ടാവുമ്പോ അതറിയാം ഭാഗവതത്തില് മഹാബലിയെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ പറയണു മഹാബലിയോട് പരിപൂർണ ശരണാഗതി ചെയ്ത് കഴിഞ്ഞപ്പോ മഹാബലിയോട് ഭഗവാൻ പറഞ്ഞു ഇനി തന്നെ വിട്ട് ഞാൻ പിരിയേയില്ലാന്നാണ് തന്റെ കൂടെ ഞാൻ ഉണ്ടാവും എപ്പോഴും എന്നെ കാണും സർവത്തിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണും ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹമേ ഭഗവാനെ വിട്ട് പിരിയണില്ല അമ്പലത്തിൽ പോകുമ്പോ മാത്രം ഭഗവാൻ എന്നല്ല നാമം ചൊല്ലുമ്പോ മാത്രം ഭഗവാൻ എന്നല്ല ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ജീവിതത്തിലെ സർവ ഭഗവാൻ ചെയ്യണു സർവചലനങ്ങളും ഭഗവാൻ ചെയ്യണു ഞാനില്ല പ്രവർത്തിക്കണമൊരു ഞാൻ ഇല്ലേ ഇല്ല ആരാഞ്ഞു നോക്കിയാൽ മതി ഞാൻ എവിടെയാളുള്ളത് ഞാൻ ആരാണ് ഇങ്ങനെ ആരാഞ്ഞ് നോക്കിയാൽ തന്നെ ഞാനില്ല എന്നുള്ളത് മനസ്സിലാവും പ്രപഞ്ചം മുഴുവൻ ഏത് ശക്തി നടത്തുന്നു ആ ശക്തി തന്നെയാണ് ഈ ശരീരത്തിലുള്ള ഓരോ ചലനവും നടത്തിക്കൊണ്ടിരിക്കണം ശരീരത്തിൽ എന്ത് നടക്കണമെന്ന് നമുക്ക് വല്ലതും അറിയോ ശരീരത്തിൽ രക്തം എങ്ങനെ ഓടുന്നു എന്നറിയില്ല പ്രാണാപാനം അറിയില്ല ഡൈജഷൻ അറിയില്ല വിസർജ്ജനം അറിയില്ല മനസ്സിന്റെ ചലനത്തിനെ കുറിച്ച് അറിയില്ല ബുദ്ധിയുടെ പ്രവർത്തനത്തിനെ കുറിച്ച് അറിയില്ല ഒന്നും നമുക്കറിയില്ല നമ്മളുടെ ശരീരം അഭിമാനിക്കണമെന്നല്ലാതെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ എന്തു നടക്കണമെന്നുള്ളത് പോലും നമുക്കൊന്നും അറിയില്ല അങ്ങനെയുള്ളപ്പോ വിശ്വത്തിലുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ട് കാര്യം എല്ലാം ഒരു മഹാശക്തി നടത്തണം ഇതറിഞ്ഞാൽ മതി അർജുനൻ ഇത് അറിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഒന്നുകൂടെ ഉറപ്പിക്കാനായി അതൊന്നും കണ്ടാ വേണ്ടില്ല എന്നാഗ്രഹം അതുകൊണ്ടാണ് ഭഗവാനോട് അർജുനം പറയണത് എനിക്കൊന്ന് കാണിച്ചു തരുമോ എനിക്കതിന് യോഗ്യത ഉണ്ടെങ്കിൽ കാണിച്ചു തരും ആ യോഗ്യത സമ്പാദിച്ചാൽ കാണാം നമുക്കും നമ്മളുടെ പ്രാണൻ നല്ല ശുദ്ധമാണെങ്കിൽ മനസ്സ് വളരെ ആഴമായിട്ട് ധ്യാനത്തിൽ ലയിച്ചാൽ ഭാഗവതത്തിൽ സിദ്ധികളെക്കുറിച്ചൊക്കെ ഏകാദശത്തിലും പറയുന്നിടത്ത് പറയുന്നുണ്ട് മനസ്സ് ത്വഷ്ടാവിൽ ലയിച്ചാൽ വിശ്വത്തിനെ സൂക്ഷ്മമായിട്ട് കാണാൻ കഴിയും വിശ്വം മുഴുവൻ ഒരിടത്ത് നിൽക്കുന്നത് സൂക്ഷ്മമായിട്ട് കാണാൻ കഴിയും മനസ്സ് പ്രാണന്റെ കേന്ദ്രത്തിൽ ലയിച്ചാൽ പ്രപഞ്ചം മുഴുവൻ ഒരിടത്ത് സ്പന്ദിച്ചു നിൽക്കണത് സകല പ്രവർത്തനങ്ങളും ഒരിടത്ത് കാണാൻ കഴിയും ഇതൊക്കെ ശാസ്ത്രമാണ് ഇതൊന്നും വിശ്വാസത്തിന്റെ കാര്യമോ കഥയോ അല്ല ഇതൊക്കെ പൂർണ്ണമായും സത്യം അനുഭവിക്കാൻ കഴിയുമെന്നാണ് കാണുന്ന വസ്തുക്കളൊക്കെ ഭഗവാൻ നിൽക്കണതായിട്ടും സർവപ്രവർത്തനങ്ങൾക്ക് പുറകിലും ഭഗവാൻ നിൽക്കുന്നതായിട്ടും പ്രവർത്തിക്കുന്നതായിട്ടും ഭഗവാനെ കാണാൻ കഴിയും ഒരു വ്യക്തിയായിട്ടും പ്രപഞ്ചനാടകം നടത്തുന്ന വ്യക്തിയായിട്ട് അതാണ് രാമകൃഷ്ണപരമഹംസർ പറയാ നിർഗുണമായിട്ട് മാത്രം ബ്രഹ്മത്തിനെ കണ്ടവർ പൂർണ്ണമായി കണ്ടിട്ടില്ല സഗുണമായിട്ട് മാത്രം ബ്രഹ്മത്തിനെ കണ്ടവരും പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല ബ്രഹ്മത്തിനെ നിർഗുണമായിട്ടും അതേസമയം സഗുണമായിട്ടും നിരാകാരമായിട്ടും അതേസമയം സാകാരമായിട്ടും ആര് കണ്ടിരിക്കണോ അവര് പൂർണ്ണമായി കണ്ടവരാണ് എന്നുവെച്ചാൽ നിരാകാരമായിട്ടുള്ള ബ്രഹ്മം നിർവികൽപ്പം സാകാരമായിട്ടുള്ള ബ്രഹ്മം പ്രപഞ്ചം ഭഗവാന്റെ സാകാരൂപം പ്രപഞ്ചം ബിംബമേത ചരാചരം ഈ കാണുന്ന ചരാചരം മുഴുവൻ ഭഗവാന്റെ ബിംബം ഇത് യുക്തി കൊണ്ടും തെളിയും പക്ഷെ യുക്തി കൊണ്ട് തെളിഞ്ഞാൽ പൂർണ്ണ തൃപ്തി അതുകൊണ്ടാണ് അർജുനൻ പറയണത് എനിക്ക് ഭഗവാനെ ഒന്ന് കാണിച്ചു തരണം വിശ്വത്തിന് മുഴുവൻ അതുകൊണ്ടാണ് പ്രഹ്ലാദൻ ഹിരണ്യ കശ്മൂരിനോട് പറഞ്ഞതെല്ലാം വിഷ്ണു എല്ലായിടത്തും വിഷ്ണു നിൽക്കണം വിഷ്ണു അല്ലാതെ ഒന്നുമില്ല ഇത് യുക്തിയല്ല ദർശനമാണ് പ്രഹ്ലാദന് ദർശനം പ്രത്യക്ഷ ദർശനം അങ്ങനെ ഒരു ദർശനമാണ് അർജുനൻ ഇവിടെ ആഗ്രഹിക്കുന്നത് എനിക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഭഗവാനെ കാണിച്ചു തരും മന്യസേഖ്യം മേ ം ദർശയാത്മാനമവ്യയം മന്യസേ എതി തത് ശക്യം മയാ ദ്രഷ്ടം ഇതി പ്രഭോ ഹേ പ്രഭോ ഭഗവാനെ അങ്ങയുടെ വിശ്വരൂപം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ ദിവ്യരൂപം കാണാൻ എനിക്ക് ശക്തി കൊണ്ട് അങ്ങ് കരുതുകയാണെങ്കിൽ കാലസ്വരൂപം കാണാനുള്ള ശക്തി എനിക്ക് ഉണ്ടെന്ന് അങ്ങ് കരുതുകയാണെങ്കിൽ അയാ ശക്യത്തെ മന്യത്തെ എതി തത് ശക്യം അയാ ദ്രഷ്ടം അതായത് ഗുരുവേണം നിശ്ചയിക്കാൻ ശിഷ്യന് അത് കണ്ടു നിൽക്കാനുള്ള ബലമുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ പേടിച്ചിട്ട് അപ്പൊ തന്നെ വിട്ടുപോകും വരണ്ടുപോവും പേടിച്ചു പോവും ചിലപ്പോ കണ്ടാർ അതുകൊണ്ട് അത് കാണാനുള്ള യോഗ്യത ശിഷ്യനുണ്ടോന്ന് ഗുരു നിശ്ചയിക്കണം നരേന്ദ്രനാഥൻ രാമകൃഷ്ണ പരമഹംസരെടുത്ത് വന്നപ്പോ പരമഹംസർ ആദ്യമായിട്ട് വന്നപ്പോ ഒന്ന് തൊട്ടു തൊട്ട ഉടനെ നിലവിളിച്ചു അയ്യോ എനിക്ക് സഹോദരികളുണ്ട് അമ്മ ഉണ്ട് എന്നെന്താ ചെയ്യണത് ലോകമൊക്കെ എന്റെ മുമ്പൊന്ന് പോണു എന്നല്ലേ വിളിക്കാൻ തുടങ്ങി എന്താന്ന് വെച്ചാലേ തന്റെ വ്യക്തിത്വമേ പോണതായിട്ട് തോന്നുമേ വിശ്വരൂപം കണ്ടാൽ ഞാനേ ഇല്ല എന്ന് തോന്നും പ്രപഞ്ചത്തിന് മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു വശത്ത് സൃഷ്ടി നടക്കുന്നു ഒരു സംഹാരം നടക്കുന്നു അനന്തമായ സമുദ്രത്തിൽ നമ്മൾ വെറും ഒരു കുമള എപ്പൊ വേണമെങ്കിൽ പൊട്ടാം അതുകണ്ട് ഈ അഹങ്കാരം പേടിക്കും അഹങ്കാരം വാസ്തവമാണെന്നുള്ള അജ്ഞാനം നിൽക്കുന്നിടത്തോളം പേടിയുണ്ടാവും അത് പോയാൽ പേടിയില്ല അഹങ്കാരമുള്ളത്തോളം പുറമേക്കുള്ള കാലസ്വരൂപം അഹങ്കാരം പോയാൽ ഉള്ളിലുള്ള അമൃതസ്വരൂപം പരീക്ഷിത് ഭാഗവതത്തിൽ പറയണം അന്തർബിപൂരുഷ കാലരൂപൈഹി പ്രയച്ചതോ മൃത്യുമുതാ അമൃതം ചേരാ പുറമേക്ക് കാലം അതിന്റെ സ്വഭാവമോ മൃത്യു അകമേക്ക് തിരിഞ്ഞാലോ ആത്മ അതിന്റെ സ്വഭാവമോ അമൃതം ഇവിടെ അർജുനൻ പറയണത് ഭഗവാനെ എനിക്ക് കാണാനുള്ള യോഗ്യതയുണ്ടെന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ കാണിച്ചു തരാം വിശ്വരൂപം എന്താണെന്ന് വെച്ചാൽ വിശ്വരൂപം കാണാൻ എല്ലാവർക്കും ഒന്നും യോഗ്യത ഉണ്ടാവില്ല നാമത് അതിനുള്ള പക്വത ഉണ്ടാവണം അതുകൊണ്ട് യോഗേശ്വര തഥോമേത്വം ദർശയ ആത്മാനം അവ്യയം അങ്ങയുടെ സ്വരൂപം എനിക്ക് കാണിച്ചു തരാം അനന്തമാണത് അതാണ് അവ്യയം എന്ന് പറഞ്ഞത് ഇവിടെ തീരാത്തതാണത് അനുസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു കാണപ്പെടുന്നതൊക്കെ അത് തന്നെയാണ് വിശ്വമായി മുഴുവൻ ആ സർവേശ്വരൻ തന്നെയാണ് അതുകൊണ്ട് അത് കണ്ടു യോഗ്യത ബലം എനിക്കുണ്ടെന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് കാണിച്ചു ഇതിനുള്ള ഭഗവാന്റെ ഉത്തരവും അനുഗ്രഹവുമാണ് അടുത്ത ശ്ലോകം ഇത് അതായത് ഇന്നിപ്പം നമ്മൾ ആരംഭിക്കണത് കൊണ്ട് സ്റ്റാർട്ടിംഗ് ട്രബിൾ കുറച്ചുണ്ട് കുറച്ച് നാളൊക്കെ ആവുമ്പോ ശരിയായിക്കോളും ഈ വിശ്വരൂപ ദർശന യോഗം പ്രത്യേകിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം മറ്റുള്ളതുപോലെ ആത്മവിദ്യയുമല്ല മുഴുവനും ആത്മവിദ്യയല്ല കുറച്ച് യോഗവും ഉണ്ട് പിന്നെ കുറെ വർണ്ണനകളും അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ എല്ലാ ശ്ലോകവും ഒന്നും ഇവിടെ എടുക്കില്ല കുറെ കാര്യം പറഞ്ഞിട്ട് ഇതിലേക്ക് വരും അത്രയുള്ളൂ മറ്റധ്യായം പോലെ ശ്ലോകം ബൈ ശ്ലോകം പൂർണ്ണമായി അർത്ഥം പറഞ്ഞു പോയാൽ നമുക്ക് ചിലപ്പോൾ തീരുകയില്ല ഏഴു ദിവസം കൊണ്ടും തീരില്ല അപ്പോ ഇത്രയും അറിഞ്ഞാൽ മതി വിശ്വരൂപം എന്ന് വെച്ചാൽ ആദ്യം ഈ ജീവൻ തന്റെ ഉള്ളിലുള്ള വസ്തുവിനെ കാണുന്നു ഞാൻ ആരാണ് സ്വരൂപം എന്താണ് നിരന്തരമായ ആത്മവിചാരം കൊണ്ട് ഞാൻ ശരീരമോ മനസ്സോ ബുദ്ധിയോ എല്ലാം അഖണ്ഡമായ ബോധമാണ് എന്നുള്ളത് അനുഭവത്തിൽ വരുന്നു പിന്നീട് വ്യവഹാര വരുമ്പോ പ്രപഞ്ചം മുഴുവനും ആ ബോധം തന്നെ ഈശ്വരനായിട്ട് വ്യാപിച്ച് സർവപ്രവൃത്തികൾക്കും കാരണഭൂതമായി നിൽക്കുന്നത് കാണപ്പെടുന്നു സർവജ്ഞ സർവവിധ സർവജ്ഞനും സർവവിത്തുമായി സർവശക്തനായി ആ ബ്രഹ്മം തന്നെ ഈശ്വരനായി വ്യവഹാര ജീവിതത്തിൽ നമ്മളുടെ പുറകെ അങ്ങനെ നിൽക്കണം വിശ്വരൂപം കണ്ടാൽ സർവധർമാൻ പരിത്യജ്യം മാമേകം ശരണം വ്രച്ച പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ സ്വരൂപമാണെന്ന് കണ്ടാൽ പിന്നെ ഇവിടെ ധർമ്മം എവിടെ അധർമ്മമെവിടെ എല്ലാം ഈശ്വരന്റെ ലീല ഭഗവാന്റെ ലീല ലോകവത്തു ലീലാ കൈവല്യം ഈ ലോകം എന്ന് കാണുന്നത് തന്നെ ഭഗവാന്റെ ഒരു ക്രീഡയാണ് ഒരു കളിയാണെന്ന് അറിഞ്ഞ് അതിൽ യാതൊരുവിധ സംഘവുമില്ലാതെ അഹങ്കാരമില്ലാതെ ശാന്തമാവും പിന്നെ സന്തോഷമാവും ജീവിതം തൃപ്തിയാവും അതിനാണ് ഭഗവാന്റെ വിശ്വരൂപ ദർശനം ഭഗവാൻ വിശ്വരൂപം കാണിച്ചു നമ്മുടെ ആരംഭത്തിൽ പറഞ്ഞ പോലെ നമുക്കും സാധനയിലൂടെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഈ വിശ്വരൂപം ഈ ജന്മത്തിൽ തന്നെ കാണാൻ കഴിയും അർജുനന് മാത്രമല്ല നമുക്കും വേണമെങ്കിൽ കാണാൻ കഴിയും ഈ വിശ്വരൂപം വിശ്വത്തിന് മുഴുവൻ ഭഗവാൻ വ്യാപിച്ചു നിൽക്കുന്നതായിട്ട് അതിനുള്ള അനുഗ്രഹം ഭഗവാൻ നമുക്ക് തരട്ടെ നാളെ കൃത്യം സമയത്ത് തുടങ്ങാം അഞ്ചേ തുടങ്ങാം സത്യ ജാനമനന്ത പരമാകാശം ഗോഷപാംഗണരിഗണലോലമസം പരമായാസം മായാക്കാരമുനാരം ഥമ പ്രണമത ഗോവിന്ദം പരമാനന്ദോവിന്ദ പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദോവിം പരമാനന്ദം ഭജോവിരമാനന്ദ മൃത്സ്നത്സിഹേതി യശോദ തടനശൈശവസന്സം വ്യാധി വക്ലോകലോകോക്കോകോക്കയപുരമൂല സ്തം ലോകോകമോക്കം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ഗോപാളം ഭുവി ലീലാവിഗ്രഹോ കുലഗോപാളം ോപീല ഗോവർധനധൃതലീലാളിതോ ഗോഭർനിഗദിത ഗോവിന്ദസ്ഫുടനമാനം ബഹുനമാനം ഗോധീ ഗോചരദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദോവിന്ദം േദാത്തഗോചരം തമഗോരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരു പ്രണതോസ്മ്യഹം കാചാ മനസേന്ത്രീർവാ ബുദ്ധാത്മന പ്രകൃതി സ്വഭാ കയത് സകലം പരസ്മീ നാരായണയേതി സമർപ്പമ